ഭാഗവത സത്രവേദിയിലെ ധന്യമായ സാന്നിധ്യമാണ് ഭാഗവത പ്രേമികൾക്കെല്ലാം എന്നും സമാരാധ്യനായ ശ്രീ നൊച്ചൂർ എൻ എസ് വെങ്കട്ടരാമൻ അവൾ യോഗീശ്വരനായ ശ്രീരമണ മഹർഷിയുടെ ശിഷ്യനായ അദ്ദേഹം തന്റെ പ്രൌഢഗംഭീരമായ ഭാഷയിൽ അതിഗഹനങ്ങളായ വേദാന്ത തത്വങ്ങളും ശ്രീമദ്ഭാഗവതത്തിലെ ഗഹനങ്ങളായ തത്വങ്ങളും വ്യാഖ്യാനിക്കുമ്പോൾ അത് അനുവാചകരിൽ അനുപമമായ ഭക്തിയുടെ ആനന്ദം സൃഷ്ടിക്കുന്നു പ്രസന്ന ഗംഭീരമായ തന്റെ അവതരണ ശൈലികൊണ്ട് എന്നും ഭക്തജനങ്ങൾക്ക് സമാരാധ്യനായ ബ്രഹ്മശ്രീ നൊച്ചൂർ എൻ എസ് വെങ്കട്ടരാമൻ അവക്തിയാദരപൂർവ്വം പരിപാവനമായ ഈ സത്രവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ഉദ്ഭവഗീതയെക്കുറിച്ച് ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നതാണ് सर्वत्र गोविंदा, സോവിന്ദനീർത്തോവി ജാനകീകാത്ത ജയ ജയ രാമ രാമഹരേ ഹര ഹര മഹാദേവ അന്തരായൂപന്താത്തപാവനമചിന്യവൈഭവം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗി വ്യോമവത് വ്യക്തദേഹായ ദക്ഷിണമൂർത്താതിമ്യം നി കരചരണം നാമഗോത്രം സൂത്രം നോജാതിർണതി പുരുഷോ നസം നീക്കം നൈവാരം നി ജനമരണം നാസ്തി പുണ്യം നാപം തന്നോ തഹജ സമരസം സദ്ഗുരു തം നമാ സദാശിവസമാരംഭാര്യമധ്യമാസ്മദാചാര്യപര്യം വന്ദേ ഗുരുപരം പരാനവ്യഖ്യകടരമത്വം യുവാന വർഷിഷ്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ട ആചാര്യേന്ദ്രം കരകളിതചിന് മുദ്രമാനന്ദമൂർത്തി സ്വാത്മാരാമം മുദനം ദക്ഷിണമൂർത്തിമീഡേ വേദന്ഭാസാതേ ശാന്യ സിവാദിന്ദ്രസംഗ യോഗീന്ദ്രവ്യ മോഹധ്വാന്തവാകരാഗവത്പാദിതേ തസ്മൈ ഭാഷ്യകോസ്തു സതത്തും പൂർണ്ണയോധാത്മനി അപാരസിത്സുഗരിരാശേ യോർമാത്രം ഭുവനം സമസ്ത ഗുഹാഹിതം തം രമണ ഗീരം ചിന്തിവിഹീനം ഹൃദി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധി ഹം തുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കൂതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ടാത്മന സോഹം സ്ഫൂർത്തിയയുണാചലശിവർണോ വിഭാതി സ്വയം ശോണ സോമകലാവതം സമ്പുസ്ഫുരത് പഞ്ചശരേക്ഷുചാ ണപ്രിം നൗമു പീനാകാണേ കോണത്രയസ് കൂലദൈവ ശാരദാരജവദുജേസ്മാക്കധി സധി കിയാ ഓ ജന്മാദ്യന്വയാതിരതശ അർഷു അഭിസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദി കുഹ്യത്സൂരയ തേജോ വരിമൃ യഥാവിനിമയോ എത്രസർഗോ മൃഷാധാ സ്വേന സദാ നിരസ്തുഹകം സത്യ പരം ധീമഹ നിഗമകൾപ്പതരോർഗണിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുത്തസമാലയുമുഹുരഹോ രസാ ഭുവി ഭാവുക്കാ പ്രവന്ത അനുപേതമപേതകൃത്യം ദ്വൈപോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തംൂതഹൃദയ മുനിമാനത്ത സച്ചിദാനന്ദയ വിശ്വോത്പിയതിഹേതേ താപത്രയ വിനാ ശ്രീകൃഷ്ണ വയ നുഹോവിന്ദമ സീർത്തോവി ശ്രീമദ് ഭാഗവതം ശ്രീ ശുഖബ്രഹ്മ മഹർഷിയുടെ അനുഭവത്തിൽ നിന്നും ഒഴുകിയിട്ടുള്ള അമൃതമാണ് ആ അമൃതം കുടിച്ചിട്ട് ആർക്കും തൃപ്തി വരില്ല അതാണ് ശുഖാചാര്യർ തന്നെ പാടിക്കൊണ്ട് നടക്കുന്നത് പിപദ ഭാഗവതം പിപദ ഭാഗവതം പിപദ ഭാഗവതം രസം ആലയം മുഹുറഹോ പിപത ഭാഗവത രസം രസം എന്നു വച്ചാൽ ഭഗവാന്റെ സ്വരൂപം എന്നർത്ഥം ഭഗവാന്റെ സ്വരൂപമേ രസം ആണ് രസസ്വരൂപനാണ് ഭഗവാൻ ഭഗവാനിലല്ലാതെ മറ്റൊരു സ്ഥലത്തും രസം നിൽക്കില്ല വിഷയങ്ങളിലൊക്കെ തൽക്കാലത്തേക്ക് തോന്നണ രസം ആത്മാവിൻ്റെ രസം തന്നെയാണ് ജഡപദാർത്ഥങ്ങൾക്ക് ഒന്നിനും രസമില്ല രസം സ്വരൂപത്തിലുള്ളതാണ് ആ രസം കുറച്ചു നേരത്തേക്ക് പ്രതിബിംബിച്ച് കാണുന്നു വിഷയങ്ങളിൽ ഭഗവാന്റെ സ്വരൂപം രസം ജ്ഞാനരസം മുനിവേദ്യസം ഭവരോഗവിനാശനദിവ്യരസം യോഗിഗണാതൃത ഭാവരസം ശിവമാകലയേ നിജബോധരസം വയ്ക്കത്തപ്പൻ്റെ ഈ സന്നിധിയിൽ ഭഗവാനെ ഒന്ന് ഓർക്ക ശിവമാകലയെ നിജബോധരസം പരമേശ്വരന്റെ സ്വരൂപം തന്നെ ബോധരസസ്വരൂപനാണ് അങ്ങനെയുള്ള ഭാഗവതം ഭാഗവതത്തിലെ പ്രതിപാദ്യ വിഷയം പ്രോജ്ജിതകൈതവഹ ധർമ്മ എന്ന് ശ്രീമദ്ഭാഗവതം ആരംഭിക്കുമ്പോഴേ പറഞ്ഞു ധർമ്മ പ്രോജ്ജിതകൈതവഹ ധർമ്മം എന്ന് വെച്ചാൽ തന്നെ ഭാഗവതത്തിൽ ഒരർത്ഥമേ ഉള്ളൂ ഭക്തി എന്ന് അത് ഭഗവാൻ തന്നെ വ്യാഖ്യാനിക്കുന്നു ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ ധർമ്മോ മത്ഭക്തികൃത് പ്രോക്ത ജ്ഞാനം എന്ന് വെച്ചാൽ ഐകാത്മ്യ ദർശനം ജ്ഞാനം ചൈകാത്മ്യ ദർശനം ധർമ്മോ മത്ഭക്തികൃത് പ്രോക്ത ജ്ഞാനം ചൈകാത്മ്യ ദർശനം ഗുണേഷു അസങ്കോ വൈരാഗ്യം ഇങ്ങനെ എല്ലാത്തിനും തന്നെ വ്യാഖ്യാനം കൊടുക്കുന്നു ഏകാദശത്ത് ഭക്തി എന്നുവെച്ചാൽ ഏതൊരു അനുഷ്ഠാനം കൊണ്ടാണോ ഭഗവത് സ്വരൂപാനുഭവം ഉണ്ടാവുക അത് ധർമ്മം ധർമ്മോ മത്ഭക്തികൃത് പ്രോക്ത അല്ലാത്തതിനെയും ധർമ്മം എന്ന് വിളിച്ചതുകൊണ്ടാണ് ഭാഗവതധർമ്മം എന്ന് പ്രത്യേകിച്ചൊന്ന് എടുത്തു പറയേണ്ടി വരണത് അല്ലെങ്കിൽ ധർമ്മം എന്ന് വെച്ചാൽ തന്നെ ധർമ്മത്തിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ ഭഗവത്പ്രാപ്തി ഈശ്വര അനുഭൂതി അപ്പൊ ധർമ്മത്തിന്റെ ലക്ഷ്യം ഭഗവത്പ്രാപ്തിയാണ് അത്തരത്തിലുള്ള അകൈതവമായ ധർമ്മം എന്നുവെച്ചാൽ മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല ഭക്തി പഴുത്തു പഴുത്തു വരും അവസാനം ഭക്തിക്ക് ഒരു ലക്ഷ്യമില്ല ഭക്തിയെയും ഭഗവത് അനുഭവം ഭക്തിയെയും ഈശ്വര സ്വരൂപം അപ്പൊ പ്രത്യേകിച്ച് ഒരു മോക്ഷം എന്നൊന്നും നേടാനില്ല കാരണം നമ്മളുടെ സ്വരൂപമേയും മുക്തിയാണ് മുക്തി എന്നുള്ളത് എവിടെയെങ്കിലും പോയിട്ട് നേടിയെടുക്കേണ്ട ഒന്നല്ല ഇവിടെ ഇപ്പൊ തന്നെ നമ്മളുടെ സ്വരൂപമേയും മുക്തിയാണ് മമൈവ അംശോ ജീവലോകെ ജീവഭൂത സനാതനഹ അപ്പോ മുക്തി ഹി തെക്വാ അന്യഥാഭാവം സ്വസ്വരൂപേണ അവസ്ഥിതി ഭാഗവതം തന്നെ പറയുന്നു മുക്തി എന്നുവെച്ചാൽ ദേഹം മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നുള്ള ആത്മാവിൽ നിന്ന് അന്യമായിട്ടുള്ള ദൃശ്യവസ്തുക്കളെ തള്ളിക്കളഞ്ഞാൽ ബാക്കി എന്തുണ്ടോ അത് മുക്തിയാണ് നമ്മളുടെ സ്വരൂപമേ മുക്തിയാണ് നമ്മളുടെ ഉള്ളിൽ ഏതൊന്ന് സദാ ഞാൻ ഞാൻ എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ സ്വരൂപമേ മുക്തിയാണ് പക്ഷെ ആ മുക്തി നമുക്ക് തെളിഞ്ഞു പ്രകാശിക്കണമെങ്കിൽ സ്വസ്വരൂപമായ മുക്തി പ്രകാശിക്കണമെങ്കിൽ ഉള്ളിലുള്ള കളങ്കമൊക്കെ നീങ്ങണം ചിത്തം പരിപൂർണമായി ശുദ്ധമാവണം അങ്ങനെ ചിത്തം പൂർണമായി ശുദ്ധമാവാനായിട്ട് ഭാഗവതം വിധിച്ചിട്ടുള്ള മാർഗമാണ് ഭാഗവതധർമ്മം അത്തരത്തിലുള്ള ഭാഗവതധർമ്മം നമുക്ക് എവിടെ കാണാം എന്നുവെച്ചാൽ സത്സംഗത്തിലല്ലാതെ വേറെ ഒരിടത്തും കിട്ടില്ല സത്സംഗത്തിൽ നിന്നും ഭക്തി എന്താന്ന് മനസ്സിലാവുന്നു സത്സംഗത്തിൽ ഭക്തി പുഷ്ടിപ്പെടുന്നു സത്സംഗത്തിൽ ഭക്തി പൂർണ്ണമാവുന്നു ഭക്തേരുത്പത്തി വൃദ്ധി തവ ചരണജുഷാ സങ്കമേന പുംസം ആസാദ്യേ പുണ്യഭാജം ശ്രീയവ ജഗതി ശ്രീമത തത്സംഗോ ദ ഭൂയാത് മമ ഖലു സതതം തന്മുഖാത് ും അഭിവൃദ്ധിപ്പെടുന്നതും പൂർണ്ണമായ അനുഭൂതിയിൽ എത്തുന്നതും തവചരണജുഷാം സംഗമേന ഇവ ഭഗവത് പാർഷവന്മാരുടെ ഭക്തന്മാരുടെ സംഘത്തിലാണ് അപ്പൊ അത്തരത്തിലുള്ള സംഘം എനിക്ക് ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പ എന്നാണ് പോലും പ്രാർത്ഥിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള സത്സംഗത്തിൽ ഭഗവാൻ ഇതിനെ ഒരു വലിയ രഹസ്യമായിട്ട് ഏകാദശത്തിൽ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു ഉദ്ധവാതി സുഗോപ്യമപി വക്ഷ്യാമി വളരെ രഹസ്യമായിട്ടുള്ള കാര്യം ഞാൻ പറയാം ത്വമ്മേ ഭൃത്യഹ സുഹൃത് സഹ എന്റെ ഭൃത്യനും സുഹൃത്തും സഹാവുമായിട്ടുള്ളത് കൊണ്ട് തനിക്ക് അതീവ രഹസ്യമായിട്ടുള്ളൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം എന്താന്ന് വെച്ചാൽ പല മാർഗങ്ങളും യോഗങ്ങളും അനുഷ്ഠാനമാർഗങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭക്തിയോഗവും സത്സംഗവും അല്ലാതെ വേറെ ഒരു മാർഗം ഭഗവത്പ്രാപ്തിക്കില്ല സത്സംഗം കൊണ്ട് ഒരു ജീവൻ എന്ത് സംഭവിക്കുന്നു ഇവിടെ ആചാര്യസ്വാമികൾ പാടി സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തിഹി സത്സംഗം കൊണ്ട് ക്രമേണ മനസ്സ് ജഡപപദാർത്ഥങ്ങളോടുള്ള സംഘം ഉപേക്ഷിക്കും ദുസ്സംഗം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സ്വഭാവമാണ് മനസ്സിന് ജഡപദാർത്ഥങ്ങളെ സത്യം എന്ന് കരുതാം അതങ്ങ മനസ്സ് ഉപേക്ഷിക്കും എന്നിട്ട് ജഡപദാർത്ഥങ്ങളിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ മനസ്സ് എവിടെ പോകും അതിൻ്റെ മൂലത്തിലേക്ക് തന്നെ പോകും മനസ്സെവിടുന്നു പൊന്തിയോ അങ്ങോട്ട് തന്നെ പോകും അവിടെ നമ്മളുടെ സ്വരൂപമായ സദ്വസ്തു ഉണ്ട് പുറമേക്കുള്ള ഈ സത്സംഗം അകമേക്കുള്ള സത്തിനോട് ചേരാനുള്ള ഒരു മാർഗം സത്ത് നമ്മളുടെ ഉള്ളിലുണ്ട് സത്ത് ഈശ്വരൻ ബാക്കിയൊക്കെ അസത്വം അതിനാണ് ഭാഗവതം ആരംഭിക്കുമ്പോഴേ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞത് പരമസത്യത്തിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു സത്രത്തിന് ഉപയോഗിക്കാൻ വേണ്ടി എന്ന പോലെ ഒരാള് ധ്യാനിക്കണമെന്ന് പറഞ്ഞില്ല ഞങ്ങൾ ധ്യാനിക്കണു ചേർന്ന് ധ്യാനിക്കണൂ എന്നാണ് ഭക്തന്മാരെല്ലാവരും കൂടെ ചേർന്ന് സത്യം പരം ധീമഹി സത്തിനെ ധ്യാനിക്കുന്നു അപ്പൊ ആ സത്തിന്റെ ലക്ഷണം എന്താ സത്ത് തന്നെയാണ് ഈശ്വരൻ സത്ത് തന്നെയാണ് ആത്മ ഈശ്വരൻ ബ്രഹ്മം പരമാത്മ ഭഗവാൻ എന്നൊക്കെ പേരില് മാത്രം വ്യത്യാസം ഭാഗവതം ആരംഭിക്കുമ്പോൾ സൂതമഹാമുനി ശൗനകാദികളോട് പറഞ്ഞു ബ്രഹ്മേതി പരമാത്മേത്തി ഭഗവാൻ ഇതി ശബ്ദത്തെ ബ്രഹ്മം എന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നും ശബ്ദം മാത്രം വ്യത്യാസം വസ്തു എന്താ ജ്ഞാനം അദ്വയം രണ്ടില്ലാത്ത അനുഭവസ്വരൂപമായ ജ്ഞാനം അതിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു പരമാത്മാവെന്ന് വിളിക്കുന്നു ഭഗവാൻ എന്ന് വിളിക്കുന്നു ആ സത്തിനെ നമ്മളിൽ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഉദ്ധവര് ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ സത്തെന്താണ് സത്തിന്റെ സ്വരൂപം എന്താണ് ഭഗവാൻ സുവ്യക്തമായിട്ട് പറഞ്ഞു ആദാവേച്ച് മധ്യേച്ച് സൃജ്യാത് സൃജ്യം യത് അന്വീയാത് പുനസ്തത് പ്രതിസംക്രാമേ യുഷ്യേത് തതേവ സത് ആദിയിലും മധ്യത്തിലും അന്തത്തിലും ഏതൊന്നും മാറാതെ ഇരിക്കുന്നു അതേസമയം തുടർന്ന് നിൽക്കുന്നുവോം അതാണ് സത്ത് ഒരിക്കലും മാറാത്ത വസ്തു അത് നമ്മളുടെ അനുഭവത്തിനെ വെച്ചുകൊണ്ട് നമ്മൾ നോക്കണം നമ്മളുടെ അനുഭവത്തിനെ വെച്ചുകൊണ്ട് നോക്കിയാൽ ശരീരം ജനിച്ചു ശരീരം ചെറിയ കുട്ടിയായിരുന്നു ഒരു മൂന്ന് വയസ്സിലോ നാലു വയസ്സിലോ ഉള്ള ആ രൂപം വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഇട്ട് കണ്ടാൽ അന്നത്തെ ശരീരമല്ല ഇപ്പോൾ ഉള്ളത് മാറിയിരിക്കണം ആ ശരീരം ഇപ്പില്ല എന്നാൽ അന്നുള്ള മനസ്സിപ്പുണ്ടോ ആ മനസ്സുമില്ല ഏഴ് വർഷം കഴിയുമ്പോൾ ശരീരത്തിലുള്ള ഓരോ കോശവും മാറും എന്നാണ് ശാസ്ത്രം പറയണത് സയൻസ് തന്നെ പറയണത് ഓരോ കോശവും മാറിക്കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് ആ ശരീരമേ മാറി മനസ്സോ മനസ്സനുസ്യൂത മാറിക്കൊണ്ടേയിരിക്കുന്നു ബുദ്ധിയും മാറിക്കൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു സൃജ്യാത് സൃജ്യം എന്നാൽ രണ്ടു വയസ്സിൽ ഏതൊരു ഞാൻ ഉണ്ടായിരുന്നു ആ ഞാൻ തന്നെയാണ് മുപ്പത് വയസ്സിലുള്ളത് ആ ഞാൻ തന്നെയാണ് അമ്പത് വയസ്സിലുള്ളത് ആ ഞാൻ തന്നെയാണ് എഴുപത് വയസ്സിലുള്ളത് ആ ഞാൻ തന്നെയാണ് തൊണ്ണൂറ് വയസ്സിലുള്ളത് ഇവിടെ ഭഗവാൻ പറഞ്ഞു ഈ ശരീരം അങ്ങോട്ട് വീണുപോയാലും ആ ഞാൻ അതേപോലെ അവശേഷിക്കും അത് സദാ വർത്തിക്കുന്നു ഞാൻ എന്നുള്ള സ്ഫൂർത്തി അതുകൊണ്ടാണ് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തത് നമ്മൾ മരിക്കും എന്ന് എത്ര മരണം കണ്ടാലും നമ്മൾ ആർക്കും നമ്മൾ മരിക്കും തോന്നണില്ല കാരണം അതാണ് സത്യം നമ്മളുടെ സ്വരൂപം അതാണ് അത് സദാ അസ്ഥി ഉള്ള വസ്തുവായിട്ട് ഉണ്മയായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കണം തതേവ സത് അതിനെയാണ് സത്ത് എന്ന് പറഞ്ഞത് അതില് ദൃഢമായ നിഷ്ഠ സദ്വസ്തുനിപ്രാപ്ത ദൃഢാത്മനിഷ്ഠ ഏവ സദ്ദർശനം ആ സദ്വസ്തുവിൽ ദൃഢമായ നിഷ്ഠയുണ്ടായാൽ അത് തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം ഒരു ക്ഷണ നേരത്തേക്ക് പോലും മറക്കാതെ ഇരിക്കാം സദ്ഭാവസുസ്ഥിതി ഭക്തിയുടെ ഒക്കെ പരമ കാഷ്ട അതാണ് അതുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുമ്പോഴേ സത്യം പരം ധീമഹി എന്ന് ആരംഭിച്ചു ഭാഗവതം പൂർത്തിയാവുമ്പോഴും കസ്മയേന വിഭാസിതോയതുളും ജ്ഞാന പ്രദീപുരാ തൂപേണ ചാരദാ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രാ താത്മന്രാത കാരുണ്യതം വിമലം വിശോകമൃതം സത്യം പരം ധീമഹി ആ പരമസത്യത്തിനെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതം ആരംഭി അവസാനിക്കാം ശ്രീമദ് ഭാഗവതത്തിന് ഏകാദശ സ്കന്ധത്തിന് മുക്തിസ്കന്ധം എന്നാണ് പേര് മുക്തി എന്നുവെച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു മുക്തി എന്നുവെച്ചാൽ മരിച്ചു കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ഒരു അനുഭവമല്ല ശരീരം ഉള്ളപ്പോൾ തന്നെ സ്വരൂപജ്ഞാനം മുക്തി ശരീരം ഉള്ളപ്പോൾ തന്നെ ശരീരം എന്നുവെച്ചാൽ ശരീരം ഉണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ ശരീരത്തിന് അതീതമായിട്ടുള്ള സ്വരൂപത്തിന്റെ സാക്ഷാത്കാരം നമുക്കൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഉണ്ട് ഉണ്ട് എന്ന് അറിയുന്നു ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമുണ്ട് പക്ഷെ അതിൽ ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെ കൂടി കൊഴഞ്ഞ് കിടക്കണം ഇതിൽ നിന്നും പിരിച്ചെടുത്ത് ഞാൻ എന്നുള്ളത് ഞാൻ എന്നതിന്റെ സ്വരൂപം എന്താണെന്ന് വിശകലനം ചെയ്ത് വേർ അനുഭവിക്കണതിനെ മുക്തി എന്ന് പറയും അതാണ് മുക്തിയുടെ സ്വരൂപം ഇതിനെ ഇതിനെ തന്നെയാണ് നിർവികൽപ്പ സമാധി എന്നും പറയുന്നത് നമ്മളെ സ്വരൂപാനുഭവത്തിൽ അല്പവും വികൽപ്പമില്ല വികല്പമൊക്കെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലുമൊക്കെയാണ് മനസ്സ് പൊന്തുമ്പോ വികൽപ്പം രാത്രി സുഖമായിട്ട് ഉറങ്ങുന്നു ഉറക്കത്തിലെ യാതൊരു ദ്വൈത പ്രതീതിയും ആർക്കും ഇല്ല ബ്രാഹ്മണൻ എന്ന് തോന്നിയില്ല ക്ഷത്രിയൻ എന്ന് തോന്നിയില്ല ശൂദ്രൻ എന്ന് തോന്നിയില്ല പണക്കാരൻ ദരിദ്രൻ യാതൊരു വ്യത്യാസമില്ല മനുഷ്യൻ മൃഗം എന്നുള്ള വ്യത്യാസമില്ല ഉറങ്ങിക്കഴിയുമ്പോൾ മനസ്സങ്ങളിൽ അയിച്ചപ്പോ ഒക്കെപ്പോയി എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സ് പൊന്തുമ്പോൾ എല്ലാം പൊന്തി വരും എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാ ഭേദങ്ങളും പൊന്തി വരും മനസ്സ് ലയിക്കുമ്പോൾ എല്ലാം ലയിക്കും മനസ്സ് അപ്പൊ അവിദ്യ എന്ന് വെച്ചാൽ എന്താ മനസ്സാണ് അവിദ്യ നഹ്യസ്ഥി അവിദ്യ മനസ്സോ അതിരിത മനോഹി അവിദ്യ ഭവബന്ധ ഹേതു ഈ മനസ്സ് തന്നെയാണ് സംസാര ബന്ധത്തിന് മൂലകാരണം എന്നാണ് മനസ്സല്ലാതെ വേറെ ബന്ധത്തിന് മൂലകാരണമായിട്ടൊന്നുമില്ല എല്ലാ ദുഃഖത്തിനും മൂലകാരണം ഈ മനസ്സ് അപ്പൊ ഈ മനസ്സിനെ നിശേഷം അസ്തമിപ്പിച്ച് എന്ന് വെച്ചാൽ മനസ്സിനെ അസ്തമിപ്പിക്കുക വെച്ചാൽ മനസ്സിനെ അടിച്ചു പൊട്ടിച്ച് അറബിക്കടലുകൊണ്ട് ചെന്ന് ഇടാനൊന്നും പറ്റില്ല ഓപ്പറേഷൻ ചെയ്ത് എടുക്കാനും പറ്റില്ല കാരണം മനസ്സെന്ന് പറഞ്ഞൊരു സാധന ഇല്ല മാനസം തുർഗണേ കൃത്തെ നൈവമാനസം മനസ്സ് എവിടെയെന്ന് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു പദാർത്ഥമില്ല പക്ഷേ അത് ഇല്ലാത്തത് നമ്മളെ ഇത്രയധികം ബുദ്ധിമുട്ടിക്കണം ഇല്ലാത്ത ഒരു സാധനമാണ് ഇത്രയധികം ബുദ്ധിമുട്ടിക്കുന്നത് ബുദ്ധിമുട്ടിക്കാൻ കാരണം എന്താ അത് ഉണ്ട് എന്നുള്ള വിശ്വാസം മനസ്സ് ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെ മനസ്സ് ബലപ്പെട്ട് ആ വിശ്വാസത്തിനെ വെച്ചുകൊണ്ട് തന്നെ അത് നമ്മളെ ആക്രമിക്കണം ഈ ക്ഷണം തീരുമാനിച്ചാൽ മതി മനസ്സില്ല ഉള്ളത് ഈശ്വരൻ മാത്രം മനസ്സുണ്ടോ രാഗം ഒക്കെ പൊന്തി വരും മനസ്സില്ലെങ്കിൽ രാഗം ദ്വേഷം ഒന്നുമില്ല എല്ലാവരും കാണാതെ പഠിച്ചിട്ടുള്ള ഒരു ശ്ലോകം ഉണ്ടാവും ഭാഗവതത്തിൽ എന്ത് പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും അത് പഠിച്ചിട്ടുണ്ടാവും എന്താന്ന് വെച്ചാൽ ഭയം അതായത് ഈ നാരായണ കവചം എല്ലാവർക്കും പേടിയാണ് ഒരു കവചം ധരിക്കാൻ ലോകത്തിലിറങ്ങുമ്പോൾ നമ്മളെ ആപത്തൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു കവചം നാരായണ കവചം വാസ്തവത്തിൽ നാരായണ കവചം എന്ന് പറയണത് ബാഹ്യമായ ആപത്ത് നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല കവചം എന്തിനാന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് തന്നെ നമ്മളെ രക്ഷിക്കാനാണ് നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് മനസ്സ് എന്ത് ചെയ്യുന്നു സദാ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കണം നിങ്ങളെ പലരെയും കാണുമ്പോൾ ചിലരെ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നു ചിലരെ കാണുമ്പോൾ വെറുപ്പ് തോന്നുന്നു ഇഷ്ടം തോന്നിയാലും വെറുപ്പ് തോന്നിയാലും മനസ്സിൽ ആരുടെ നേരെയാണോ ഇഷ്ടം തോന്നിയത് അവരുടെ രൂപവും പതിയും ആരുടെ നേരെയാണോ വെറുപ്പ് തോന്നിയത് അവരുടെ രൂപവും പതിയും ഇത് രണ്ടു ഉള്ളില് പതിയും രാഗം ദ്വേഷമാണ് ഇംപ്രഷൻസ് ഈ ഫോട്ടോ ക്യാമറ ഫോട്ടോ പിടിച്ചു വെക്കണ പോലെ രാഗദ്വേഷ ഉള്ളിലുള്ളതുകൊണ്ട് മാത്രമാണ് വാസനകൾ ഉണ്ടാവുന്നത് രാഗദ്വേഷം ഇല്ലെങ്കിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു അർജുന രാഗദ്വേഷം മാറ്റി വച്ചിട്ട് ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ എതിർച്ചയാ കിട്ടുന്നത് ഇഷ്ടം പോലെ അനുഭവിച്ചുകൊണ്ടാണ് എന്നാലും ബാധിക്കപ്പെടില്ല രാഗദ്വേഷുക്തൈസ്തു വിഷയന്ദ്രിയൈ ചരന്ന് ആത്മവശീർ വിധേയാത്മാ പ്രസാദമധികച്ച തീരുന്നു രാഗദ്വേഷം ഇല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളിൽ എതിർച്ചയാവരുന്നത് അനുഭവിച്ചു കൊണ്ടുപോയാൽ എന്ന് വെച്ചാൽ അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അല്ലാതെ അനുഭവിക്കണം എന്നുള്ള വിധിയല്ല കാരണം പ്രാരബം അനുസരിച്ച് എന്തൊക്കെ സുഖം എന്തൊക്കെ ദുഃഖം അനുഭവിക്കാനുണ്ടോ അതാർക്ക് തള്ളിക്കളയാൻ പറ്റില്ല തള്ളിക്കളഞ്ഞാൽ അത് കൂടുതൽ ബലത്തോടുകൂടെ വരും അതുകൊണ്ട് രാഗവും ദ്വേഷവും അങ്ങോട്ട് മാറ്റിവെക്കാം മാറ്റിവയ്ക്കുക എന്ന് ഭഗവാൻ പറഞ്ഞു പക്ഷെ എങ്ങനെ രാഗദ്വേഷം മാറ്റും രാഗദ്വേഷം എന്നുള്ളതാണ് ഉപദ്രവം ആ ഉപദ്രവം മാറ്റിവെക്കാൻ ഉപദ്രവം നമ്മളുടെ മേലെ ഏൽക്കാതിരിക്കാൻ എനിക്ക് ആരുടെങ്കിലും മേലെ രാഗമുണ്ടാവുമ്പോൾ ഒരു അമ്പ് കുത്തും ഉള്ളില് അമ്പ് തറയ്ക്കും അതാണ് കാമന്റെ അമ്പ് എന്നൊക്കെ കവികൾ പറയണത് കാമന്റെ അമ്പല്ല ക്രോധത്തിന്റെ അമ്പ് വെറുപ്പിന്റെ അമ്പ് അസൂയയുടെ അമ്പ് ദ്വേഷത്തിന്റെ അമ്പ് അനുനിമിഷം നമ്മളുടെ മേലെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തിൽ പോകും കുറച്ചുനേരം ഇവിടെ ധ്യാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സപ്താഹം കേട്ടുകൊണ്ടിരിക്കുന്നു സത്രത്തിൽ ഇരിക്കുമ്പോൾ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുമായിരിക്കും പക്ഷെ പുറത്തിറങ്ങണമല്ലോ എന്തെങ്കിലും ഒരു ദിവസം ഈ സത്രം അവസാനിക്കുമല്ലോ അപ്പൊ ലോകത്തിനെ കാണണമല്ലോ സത്രത്തിൽ വന്ന് ഇരുന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എഴുന്നേറ്റ് പോവാം പക്ഷെ അവനവന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ എങ്ങോട്ട് എഴുന്നേറ്റ് പോവും ഭർത്താവിന്റെ അടുത്തുനിന്ന് എങ്ങോട്ട് ഓടും ഭാര്യയുടെ അടുത്തുനിന്ന് എങ്ങോട്ട് ഓടും ബന്ധുക്കളുടെ അടുത്തുനിന്ന് എങ്ങോട്ടോടും അപ്പൊ അവരുടെ അടുത്തൊക്കെ വെറുപ്പോ ദ്വേഷമോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ അസ്ത്രമൊന്നും മേലെ ഏൽക്കാതിരിക്കാനുള്ള കവചമാണ് നാരായണ കവചം അതിനെന്താ പ്രമാണം എന്നുവെച്ചാൽ അതൊന്നും ഏൽക്കാതിരിക്കാനുള്ള ഒരു മന്ത്രവും നാരായണ കവചത്തിൽ പറഞ്ഞുവച്ചു വിശ്വരൂപൻ യോഹി ഭഗവാനേവസ്തു സദസച്യത് സത്യേന അനേന സർവേ യാന്തുനാശം ഉപദ്രവ സത്യദർശനം സത്യദർശനം എന്താണെന്ന് വെച്ചാൽ ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപം എന്നുള്ളതാണ് സത്യം ആരെങ്കിലും സുന്ദരമായിട്ടിരിക്കുന്നു എന്നുള്ള ഗുണാധ്യാസം സത്യമല്ല ആരെങ്കിലും വെറുക്കാൻ യോഗ്യനാണ് എന്നുള്ള ദോഷാധ്യാസവും സത്യമല്ല ഇവിടെ ആരുടെ അടുത്തും ഗുണവും ഇല്ല ദോഷവും ഇല്ല എല്ലാം ഭഗവത് സ്വരൂപം ജഗത്ത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപം ഭഗവാനല്ലാതെ ഇവിടെ ഒന്നുമില്ല സ്ത്രീയായിട്ടും പുരുഷനായിട്ടും സകല പ്രാണികളായിട്ടും കല്ലും മണ്ണും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് ഭഗവാനാണ് ഖം വായു അഗ്നിം സലിലം മഹിം ച്യോതിഷി സനി ദിശോ ദ്രുമാ സരി ഹരേ ശരീരം യത്കിഞ്ചൂതം പ്രണമേത് അനന്യ ജഗത്ത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപമായിട്ട് കണ്ട് ആത്മസ്വരൂപമായി കണ്ട് നമസ്കരിക്കൂ സകലതും ഇതു സാധനയാണ് ജഗത്ത് മുഴുവൻ പ്രണമേത് അനന്യ അങ്ങനെ പ്രണമിച്ചാൽ ആരെ വെറുക്കാൻ പറ്റും ആരോട് പ്രത്യേകിച്ച് ആസക്തി ഉണ്ടാവും ഈ ഒരു സത്യദർശനം ഉള്ളിൽ ഉണ്ടെങ്കിൽ എത്ര വ്യവഹരിച്ചാലും ലോകത്തിൽ പ്രവർത്തിച്ചാലും സഹജനിർവികൽപ്പ സമാധീനം പ്രത്യേകിച്ച് ഒരിടത്ത് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഉള്ള സമാധാനമല്ല എത്ര യുദ്ധം പോലും ചെയ്യാം എന്നാണ് ഭഗവാൻ പറഞ്ഞത് അർജുന ഈ ഭാവം വെച്ചുകൊണ്ട് താൻ യുദ്ധം ചെയ്താൽ പോലും ബാധിക്കില്ല പക്ഷെ ഇതില്ലെങ്കിൽ എത്ര സമാധിയിൽ ലയിച്ചിരുന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണരണം ഉണരുമ്പോൾ ലോകത്തിനെ കാണും കാണുമ്പോൾ ആരുടെങ്കിലൊക്കെ വെറുപ്പുണ്ടാവും ആരുടെങ്കിലും ഒക്കെ ആസക്തി ഉണ്ടാവും അപ്പം മനസ്സ് ചലിക്കും അവരുടെയൊക്കെ ചിത്രം ഉള്ളിൽ പിടിച്ചു വയ്ക്കും നമ്മളുടെ വാസന ഉള്ളിലിങ്ങനെ കിടക്കണു ആ വാസനയിലൂടെ നമ്മളുടെ സ്വരൂപ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് വരണം ഭഗവാൻ രമണ മഹർഷി ഇതിനൊരു സിനിമാ പ്രൊജക്ടറായിട്ട് ഉപമിച്ച് പറയും ഉള്ളില് ചിജ്യോതിപ്രകാശം സിനിമാ പ്രൊജക്ടറിൽ ലൈറ്റ് നടുവിൽ ഫിലിം ആ ഫിലിമിലൂടെ ലൈറ്റ് അടിച്ച് ലെൻസിലൂടെ പ്രൊജക്ട് ചെയ്താൽ സ്ക്രീനിൽ സിനിമ കാണും അതുപോലെ എത്രയോ ജന്മങ്ങളായി ആർജിച്ച വാസനകള് നമ്മളുടെ ഉള്ളില് ഇങ്ങനെ മഞ്ഞു പോലെ ഗൂഢമായിട്ട് ഇങ്ങനെ കടക്കണു ആ വാസനകളുടെ പുറകെ കൂടെ സ്വരൂപപ്രകാശം അതിലൂടെ അടിച്ച് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയും പുറത്തേക്ക് വിജൃംഭണം ചെയ്തിട്ട് പ്രൊജക്ട് ചെയ്ത് കാണുന്നതാണ് നമ്മുടെ പ്രപഞ്ചം ആ ഫിലിം അവിടെ നിന്ന് എടുത്താൽ ആ ലെൻസിന്റെ മുമ്പിൽ നിന്ന് ആ ഫിലിം എടുത്താൽ പിന്നെന്തുണ്ടാവും സ്ക്രീനിൽ വെളിച്ചം മാത്രം അതുപോലെ ഉള്ളിലുള്ള ഈ വാസനകൾ അവിടുന്ന് പോയാൽ വാസനാക്ഷയം ഉണ്ടായാൽ സർവേന്ദ്രിയങ്ങളിലൂടെയും ബ്രഹ്മാനുഭവം അപ്പൊ ഈ വിശ്വം തന്നെ ഭഗവത് സ്വരൂപം ബിംബമേതരാചരം ഭാഗവതം പറയണത് ഭഗവാന്റെ സഗുണസാകാരമൂർത്തി ഗുരുവായൂരപ്പനായിട്ടോ വൈക്കത്തപ്പനായിട്ടോ അല്ലെങ്കിൽ വടക്കനാഥനായിട്ടോ പത്മനാഭസ്വാമിയായിട്ടോ മാത്രം അമ്പലത്തിൽ മാത്രമല്ല ബിംബമേതച്ചരാചരം ഈ വിശ്വം തന്നെ ഭഗവാന്റെ സഗുണസാകാരൂപം ഇതറിഞ്ഞാൽ നമുക്ക് ആരൊക്കെങ്കിലും ആരോടെങ്കിലും വെറുക്കാൻ പറ്റുമോ ആരെങ്കിലും ദ്വേഷിക്കാൻ പറ്റുമോ ആരോടെങ്കിലും അസൂയ വയ്ക്കാൻ പറ്റുമോ സകലതു ആത്മസ്വരൂപം ജഗത്ത് ആത്മസ്വരൂപം ഉപനിഷത്ത് ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞു ഭാഗവതം പറഞ്ഞു ആത്മാവാസ്യമിതം വിശ്വം ഈ ജഗത്തിനെ മുഴുവൻ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കാം സകലതും ആത്മസ്വരൂപം അപ്പൊ ആരെയും വെറുക്കാൻ വയ്യ ആരോടും ദ്വേഷം വെക്കാനും വയ്യ ജഗത്ത് മുഴുവൻ സ്വരൂപം എന്ന് അറിഞ്ഞാൽ സത്യേന അനേന ഇത് സത്യദർശനം എന്നാണ് ഏ എനിക്ക് അങ്ങനെ തോന്നണില്ലല്ലോ എനിക്ക് എന്റെ അടുത്ത വീട്ടിലുള്ള ആള് അയാളുടെ ദോഷമൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് എങ്ങനെ ഈശ്വരനായിട്ട് കാണാൻ പറ്റും എന്നുവെച്ചാൽ അതിനാണ് ഇവിടെ സത്യേന അനേന എന്ന് അയാളിൽ കാണുന്ന ദോഷമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങളുടെ കല്പന വേറെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് പറയും അയാളിൽ നല്ല സ്വഭാവം ഒരുപാടുള്ളത് കൊണ്ട് അയാളിൽ ഈശ്വരനെ കാണാം നല്ല സ്വഭാവം ഉണ്ട് എന്നുള്ളതും കല്പന ഒരാളിൽ ദൂഷ്യം ഉണ്ട് എന്നുള്ളതും കല്പന സത്യം എന്താണെന്ന് വെച്ചാൽ അയാൾ ഈശ്വരനാണ് എന്നുള്ളത് സത്യം ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപമാണ് എന്നുള്ളത് സത്യം അല്ലാതെ ഗുണമോ ദോഷമോ നല്ലതോ ചീത്തയോ പുണ്യമോ പാപമോ ഒക്കെ പ്രകൃതിയുടെ മണ്ഡലം പ്രകൃതിയെ കാണുമ്പോൾ നമ്മൾ ഈശ്വരനെ കാണുന്നില്ല ഒരാളിൽ ഇയാളെ പോലെ നല്ല മനുഷ്യനില്ല എന്ന് ലോകത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് മറ്റുള്ളവരെ ചീത്ത പറയരുത് പക്ഷെ പുകഴ്ത്താം സ്തുതിക്കാം പക്ഷെ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത് ഉദ്ധവ പരസ്വഭാവ കർമാണി ന പ്രശംസേത് നഗർഹയേത് വിശ്വം ഏകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ഉദ്ധവ മറ്റുള്ളവരുടെ സ്വഭാവത്തിനെ സ്തുതിക്കുകയും അരുത് നിന്ദിക്കുകയുമരുത് എന്താ കാരണമെന്ന് വച്ചാൽ സ്തുതിച്ചാലും നിന്ദിച്ചാലും അയാളുടെ പ്രകൃതിയെക്കുറിച്ചാണ് നിങ്ങൾ സ്തുതിക്കുന്നത് അത് പ്രകൃതി അയാളല്ല ഒരാൾ നല്ല ആളായിട്ട് ഇരിക്കണമെന്ന് വെച്ചാൽ അയാൾക്ക് അങ്ങനെ അല്ലാതെ പറ്റില്ല അതുകൊണ്ടാണ് ഒരാൾ ചീത്ത മനുഷ്യനായിട്ടിരിക്കണമെന്ന് വെച്ചാൽ അയാൾക്ക് അങ്ങനെ അല്ലാതെ പറ്റില്ല അതുകൊണ്ടാണ് കടകു മാങ്ങയും പാൽപായസത്തിനും ഒരേ രുചിയായിരിക്കണം എന്ന് വെച്ചാൽ സാധ്യമല്ല കടകു മാങ്ങ ഇരിയും പാൽപായസം മധുരിക്കും രണ്ടിന്റെയും ആവശ്യമുണ്ട് ഊണ് കഴിക്കുമ്പോൾ അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ദുഷിച്ച മനുഷ്യനും നല്ല മനുഷ്യനും ഒക്കെ തന്നെ ഭഗവാന്റെ സ്വ സ്വരൂപം എല്ലാവരും ഒന്ന് പക്ഷെ പുറമേക്ക് വേഷം ഇടുമ്പോ ചിലപ്പോൾ നല്ല മനുഷ്യൻ രാവണന്റെ വേഷം കിട്ടും അതുകൊണ്ട് അയാളെ ചീത്ത മനുഷ്യനാവുമോ നല്ല മനുഷ്യനായിരിക്കും രാവണന്റെ വേഷം കിട്ടി നാടകത്തിലുള്ള വേഷം അതുപോലെ പ്രകൃതിയിൽ മുഴുവൻ വേഷമാണ് മുഴുവൻ വേഷം ഇത് കണ്ട് നമ്മൾ മയങ്ങിപ്പോയാൽ പ്രകൃതിയിലുള്ള ഗുണവും ദോഷവും ആര് കാണുന്നുവോ അസത്യ അഭിനിവേശം എന്നാണ് ഭഗവാൻ പറയുന്നത് അസത്യത്തിനോടുള്ള അഭിനിവേശം കൊണ്ട് അവൻ വീണു പോകും ഉണ്ടാവില്ല ആശുഭ്രശ്യത്തെ സ്വാർത്ഥാത്ത് അസത്യ അഭിനിവേശത അസത്യത്തിനോടുള്ള അഭിനിവേശം കൊണ്ട് നിന്ദിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവർ പതിച്ചു പോവും അപ്പൊ എന്താ ഭാഗവതത്തിന്റെ സിദ്ധാന്തം പരമകാഷ്ടയായ സിദ്ധാന്തം നമുക്ക് ജീവിതത്തിൽ പ്രായോഗികത്തിൽ കൊണ്ടുവരാം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ജഗത്ത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപം ഇവിടെ കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപം സർവഭൂതേഷു യഹ് പശ്യേത് ഭഗവത്ഭാവം ആത്മന ഭൂതാനി ഭഗവതി ആത്മനിഷ ഭാഗവതോത്ത ഇതാണ് ഭാഗവതത്തിന്റെ സിദ്ധാന്തം ഈ സിദ്ധാന്തം ഭാഗവതത്തിൽ പത്ത് സ്കന്ധപരി പത്ത് സ്കന്ധങ്ങളിലും അവിടെ അവിടെ അവിടെ അങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഭഗവാൻ ദർശനം തരണമല്ലോ അല്ലെ അതേപോലെ ഭാഗവതത്തിലെ ഈ ദർശനം ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ എത്ര പാരായണം ചെയ്താലും ഒരുപക്ഷെ കാണാതെ പഠിച്ചാൽ പോലും ഭഗവാന്റെ കൃപയില്ലെങ്കിൽ ഈ ശ്ലോകങ്ങളൊന്നും നമുക്ക് ദർശനം തരിക ഈ ഭാവങ്ങളൊന്നും നമുക്ക് ദർശനം തരിക അതുകൊണ്ട് ഭഗവാൻ കാരുണ്യം കൊണ്ട് ദശമസ്കന്ധം കഴിഞ്ഞ് നവയോഗികളെ കൊണ്ട് ഭാഗവതത്തിൽ പല സ്ഥലങ്ങളിലുമായി പറഞ്ഞു വെച്ചിട്ടുള്ള ഭാഗവതധർമ്മത്തിനെ ശേഖരിച്ച് ഒരുവിധത്തിൽ വർണ്ണിപ്പിച്ചു അതാണ് നമ്മളിപ്പോൾ പാലേ തിരുവേനി അവയോഗി ഉപാഖ്യാനം പറഞ്ഞു അത് കഴിഞ്ഞ് ഭഗവാൻ തന്നെ സ്വയമേവ് ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു അല്ലേ അർജുനന് ഉപദേശിച്ചത് ഭഗവാന് തൃപ്തി വന്നില്ലാന്നാണ് എന്താന്ന് വെച്ചാൽ കർമ്മത്തിനും ജ്ഞാനത്തിനും തമ്മിൽ ഒരു കോംപ്രമൈസ് വെച്ചുകൊണ്ടൊരു ഉപദേശമാണ് അർജുനന് വേദാന്തം ഉപദേശിച്ചിട്ട് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കർമ്മണ്യവ അധികാരസ്ഥേ എന്ന് അർജുനന് ഉപദേശിച്ചപ്പോ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ചേർത്തു നതു ജ്ഞാനേ എന്ന് ചേർത്തു താങ്കൾക്ക് കർമ്മത്തിലാണ് അധികാരം ജ്ഞാനം താങ്കൾ അറിഞ്ഞു വെച്ചോളാം ജ്ഞാനം അറിഞ്ഞിട്ടില്ലെങ്കിൽ കർമ്മയോഗം പറ്റില്ല വെറുതെ ഒരാളോട് കർമ്മം ചെയ്യൂ ഫലം ഇച്ഛിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രായോഗികത്തിൽ വരും ആദ്യം ഞാൻ കർത്താവല്ല ഞാൻ ഭോക്താവല്ല എന്നുള്ളത് സിദ്ധാന്തപരമായിട്ട് അറിഞ്ഞു എന്നിട്ട് അനുഭവ തലത്തിൽ പതുക്കെ അതിനെ പ്രായോഗികത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു വാസനകളെ കുറച്ചു കുറച്ചു കൊണ്ടുവരുന്നു ആത്മവിചാരത്തോടുകൂടെ കർമ്മമണ്ഡലത്തിൽ വർത്തിക്കുന്നു ഇത് കർമ്മയോഗം പക്ഷെ അത് ഭഗവാന് തൃപ്തി പൂർണ്ണ തൃപ്തി വന്നില്ല ഗീതയിൽ അവിടെയും ഇവിടെ ഒക്കെ ജ്ഞാനം പറഞ്ഞുവെങ്കിലും പോരാൻ തോന്നി പക്ഷെ അർജുനൻ അത്രയൊക്കെ പറഞ്ഞുകൊടുക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ഭഗവാൻ തന്നെ അതിനൊരാളെ തെരഞ്ഞെടുത്തു ഉദ്ധവര് പരമഭക്തനായ ഉദ്ധവർ ർ പ്രതിബോധിത ഭഗവതനാരായണേന സ്വയം എന്നാണ് ഗീതയ്ക്ക് പറയുന്നത് ഉദ്ധവഗീതയ്ക്കാവട്ടെ ഉദ്ധവഗീത പറഞ്ഞു കൊടുത്തിട്ട് അവസാന സുഖബ്രഹ്മ മഹർഷി ഒരു വിശേഷണം വെച്ചു യേതത് ആനന്ദ സമുദ്ര സംഭൃതം ജ്ഞാമൃതം ഭാഗവതായ ഭാഷം കൃഷ്ണന യോഗേശ്വര സേവിതാ സശ്രദ്ധയാഗദ് വിമുച്യത്തെ യയേതദ് ആനന്ദ സമുദ്ര വാക്ക് നോക്കണം ആ വാക്ക് സമാധിയുടെ ഭാഷ ഭാഗവതം വെറുതെ ആലോചിച്ച് ചിന്തിച്ച് എഴുതിയതല്ല സമാധിനാ അനുസ്മര തദ്വിചേഷ്ടം യേതദ് ആനന്ദ സമുദ്ര സംഭൃതം ആനന്ദ സമുദ്രമാണ് ജ്ഞാനാമൃതം സമുദ്രത്തിലോ ഉപ്പുവെള്ളം ഉണ്ടാവും ഈ സമുദ്രത്തിലോ ജ്ഞാനാമൃതം ജ്ഞാനമാകുന്ന അമൃതം ഉപദേശിച്ചത് നതു ലൗകികായ ഭാഗവതായ ഭാഷിതം പരമഭാഗവതനായ ഉദ്ധവര് പഴുത്ത പഴം തമിഴിൽ ഒരു ചൊല്ലുണ്ട് പഴുത്ത പഴം എന്ന് പറയും മഹാത്മാക്കൾ വളരെ പക്വമായിട്ടുള്ള ആളുകളെ പഴുത്ത പഴം എന്നുവെച്ചാൽ വീഴാൻ തയ്യാറായിട്ട് നിൽക്കണൂന്നർത്ഥം മുക്തിക്ക് തയ്യാറായിട്ട് നിൽക്കുന്ന ഉദ്ധവർ ഉദ്ധവരെയാണ് ഭഗവാൻ അതിന് പിടിച്ചത് അതിന് പറ്റിയ ഒരാളായിട്ട് ഭഗവാൻ ഉദ്ധവരെ കണ്ടു കാരണം പ്രേഷ്ഠം ഏകാന്തിനം സുഹൃത്ത് പാണിന ഉദ്ധവരെ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് അയക്കുമ്പോൾ പാണിം ഭഗവാൻ ഉദ്ധവരുടെ കൈ പിടിച്ചു എന്നാണ് പാണിഗ്രഹണം ശരിക്കേ കുറച്ചൊരു ഒരു യൗകിക ഭാഷയിൽ പറഞ്ഞാൽ മധുരഭാവത്തിൻ്റെ ഭക്തിയിൽ പറഞ്ഞാൽ നായികാനായിക ഭാവം ഒരു ഗുരുവിനും ശിഷ്യനും ഉള്ളത് നായികാനായക ഭാവമാണ് ഭഗവാനും ഭക്തനും ഉള്ളത് നായികാനായിക ഭാവമാണ് ഈ നായികാനായിക ഭാവത്തിൽ രണ്ടും ദ്വിതീയമ്മേ അന്തരാത്മാ ലൗകികമായ അർത്ഥത്തിലല്ല ഭർത്താവും ഭാര്യയും എങ്ങനെ വേറെയല്ലയോ അതേപോലെ ഗുരുവും ശിഷ്യനും വേറെയല്ല ഉദ്ധവരെ ഭഗവാൻ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് അയക്കുമ്പോൾ ഉദ്ധവരെ അങ്ങോട്ട് വിവാഹം കഴിച്ചു സന്ദേശം കൊടുത്തയക്കുമ്പോ പാണിം ഗ്രിണീഷ്വ പാണിനാ എന്ന് പറഞ്ഞ പോലെ ഉദ്ധവരുടെ കൈ അങ്ങോട്ട് ഭഗവാൻ പിടിച്ചു നമ്മളുടെ സമ്പ്രദായത്തിൽ ഷേക്കാന്റ് കൊടുക്കലില്ല കൈപിടിക്കുക ഒരേ ഒരു കാര്യമേ ഉള്ളൂ വിവാഹം കഴിക്കാം ഉദ്ധവരെ ഭഗവാൻ അങ്ങോട്ട് തന്നോട് ചേർത്തു അന്ന് ഭഗവാൻ സ്വീകരിച്ച ഉദ്ധവർക്ക് അതിന്റെ ഫലം കൊടുക്കുന്നത് ഋഷികളുടെ ശാപത്തിനെ കുറിച്ചൊക്കെ ഇവിടെ തിരുവേനി ഋഷികൾ ശപിച്ചു യാദവ വംശം അസ്തമിക്കാനുള്ള സമയായി ആ സന്ദർഭം പ്രഭാസ യാദവരൊക്കെ പുറപ്പെട്ടു കൊണ്ടിരിക്കുമ്പോഴാണ് ഏകാന്തത്തിൽ ഒരു സ്ഥലത്ത് ഭഗവാൻ ഒരു പാ പാറക്കല്ലിൻ്റെ മേലെ കാൽമേൽ കാലിട്ട് അങ്ങനെ പ്രശാന്തഗംഭീരനായിട്ടിരിക്കും ഭഗവാന്റെ ഓരോ ചലനവും ഉദ്ധവർക്ക് അറിയാം ഭഗവാൻ കാലപുരുഷനാണ് യാദവരെ ഉപയോഗിച്ച് ബാക്കിയുള്ളവരെയൊക്കെ ഇല്ലാതാക്കി അവസാനം യാദവരെയും ഇല്ലാതാക്കി ഇല്ലാതാക്കാൻ തയ്യാറെടുത്തിരിക്കുക അപ്പൊ കണ്ടകം കണ്ടകേനൈവ ദ്വയമപ്പി ഈശുത്തുഭവ സമം ഒരു മുള്ളു ഒരു മുള്ളു കൊണ്ട് എടുത്ത് രണ്ടു മുള്ളും കളയുക യാദവരെ ഉപയോഗിച്ച് ബാക്കിയുള്ളവരെയൊക്കെ നീക്കിപ്പാദവരെയും നീക്കണം അതിന് തയ്യാറെടുത്താണ് പ്രഭാസ തീർത്ഥത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഉദ്ധവര് ഭഗവാന്റെ അടുത്ത് മുമ്പിൽ വന്ന് സഷ്ടാംഗം വീണ് നമസ്കരിച്ചു ഗുരുവായൂരപ്പൻ കരുണാമൂർത്തിയായ ഭഗവാൻ ഉദ്ധവരെ നോക്കണില്ല എന്നാണ് ഭക്തന്മാരങ്ങനെയാണ് ബുദ്ധവരെ നോക്കാൻ ഭഗവാൻ കരുത്തില്ല ഉദ്ധവര് ഭഗവാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഭഗവാനെ എന്നെ വിട്ടിട്ടങ്ങോട് പുറപ്പെടാണോ ദ യോഗേശ പുണ്യശ്രവണ കീർത്ത സംഹൃത്യതകുലം നൂനം ലോകം സത്യക്ഷ്യത്തെ ഭവാൻ വിപ്രശാപം സമർപ്പി പ്രത്യഹന്നയതീശ്വര നാഹം തവാഘ്രി കമലം ക്ഷണാർത്ഥമപി കെശവ തുഹേനാഥ സ്വമനയമാ തവ വിക്രീഡിതം കൃഷ്ണ നൃടാം പരമമംഗളം കർണ പീയൂഷം ആസ്വാദ്യ അന്യസ്പൃഹാഞ്ജന ഭഗവാന് അവിടുത്തെ കഥകള് കേട്ടിട്ട് കൃഷ്ണകഥ കേട്ട് രമിച്ച് ലോകത്തിലുള്ള ഇതരരാഗ വിസ്മാരണം നൃടാം ഗോപസ്ത്രീകൾ തന്നെ പാടുന്നു മറ്റുള്ള വിഷയങ്ങളോടുള്ള രാഗമൊക്കെ വിട്ടുപോയി കർണപീയൂഷമാസ്വാദ്യീ അന്യസ്പൃഹാംജന ബഹവയഹ വിഹംഗാ ഭിക്ഷുചര്യാം ചരന്തി ഭരമരഗീതത്തിൽ ഗോപസ്തീകൾ പറഞ്ഞു ഭിക്ഷുക്കളായിട്ട് നടക്കണമെന്നാണ് ഈ കഥ കേട്ടിട്ട് ലോകവ്യവഹാരമൊക്കെ വിട്ട് ഭിക്ഷാന്തേഹികളായിട്ട് നടക്കുന്നു പരമഹംസന്മാരായിട്ട് നടക്കുന്നു അങ്ങനെയുള്ള ഇപ്പോ ഭഗവാന്റെ കൂടെയെ നടന്നു ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ കൃഷ്ണന്റെ കൂടെ നിഴലുപോലെ ഉദ്ധവരും ഭഗവാനെ പിരിഞ്ഞിട്ട് ഉദ്ധവർക്ക് ഒരു ജീവിതമില്ല ഭാരതത്തിലും മറ്റുമൊക്കെ ഉദ്ധവരുടെ ആ പെർസനാലിറ്റി നമ്മൾ നോക്കിയാൽ ഭഗവാന്റെ ഒരു നിഴൽ ഒരിടത്തും മുൻപിലില്ല എല്ലായിടത്തും പുറകിൽ മാത്രം അടങ്ങിയ ഭക്തൻ ഭഗവാന്റെ ദാസൻ അതുകൊണ്ടാണ് ഗോപസ്ത്രീകള് തമുത്തമ ശ്ലോക പദാംബുജ ആശ്രയം എന്ന് പറഞ്ഞ് ചുറ്റി നിന്നാണ് ഭഗവാന്റെ പാദത്തിനെ ആശ്രയിച്ചു ഭക്തൻ ആ ഉദ്ധവന് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു ഭഗവാനെ അങ്ങ് എന്നെ വിട്ടു പോവരുത് അങ്ങ് എവിടെ പോവാണെങ്കിലും ഞങ്ങളെ കൊണ്ടുപോണം കാരണം ആ ഭക്തിയിൽ രുചിച്ച് രുചിച്ച് രുചിച്ച് യതികൾ ഏതൊരു സ്ഥാനത്തിനെ പ്രാപിക്കുമോ സന്യാസികൾ വായുഭക്ഷണം മാത്രം കഴിച്ച് കട്ടോര തപസ് ചെയ്തിട്ട് ഏതൊരു ബ്രഹ്മാനുഭവം നേടുവോ ആ ബ്രഹ്മാനുഭവം ഞങ്ങൾക്ക് അനായാസേന ബ്രഹ്മചര്യാദി വ്രതീ വിനായേവ ഗൃഹസ്ഥാനാമസ്മാകം തത്സിദ്ധ്യതി ഗൃഹസ്ഥന്മാരായിട്ട് ഇരുന്നിട്ട് പോലും ഞങ്ങൾക്ക് ക്ലേശഭൂയിഷ്ടമായ വഴിയൊന്നും കൂടാതെ തന്നെ ഞങ്ങൾക്ക് ആ ബ്രഹ്മാനുഭവം സിദ്ധിക്കും ബ്രഹ്മാനുഭവം സിദ്ധിച്ചു എന്നുള്ളതിന് എന്താ ലക്ഷണം ഉദ്ധവർ പറഞ്ഞു ഞങ്ങൾ ശാന്തി ആയിട്ടിരിക്കണമല്ലോ ശാന്തി ബ്രഹ്മത്തിന്റെ സ്വരൂപമല്ലാതെ ശാന്തി എന്നുള്ളത് തന്നെയാ ബ്രഹ്മത്തിന്റെ സ്വരൂപം മനസ്സ് ബാക്കിയൊക്കെ ബാക്കി എല്ലാ അനുഭവങ്ങളിലും വികാരമുണ്ട് ഒരു സന്തോഷമുണ്ടായാൽ സന്താപം ഉണ്ടാവും സുഖമുണ്ടായാൽ ദുഃഖമുണ്ടാവും ഒരേ ആനന്ദത്തിന്റെ തിമർപ്പുണ്ടായാൽ അതേപോലെ ചോട്ടിൽ വരും ഭക്തിയുടെ വികാരങ്ങൾ പോലും ബാക്കിയുള്ള വികാരങ്ങളിലൊക്കെ തന്നെ പലരും പറയാറുണ്ട് ഭക്തന്മാര് കുറച്ചു ദിവസമായിട്ട് ഭാഗവതം കേട്ട് സന്തോഷമായിരുന്നു ഇപ്പൊ ഒന്നുമില്ല വല്ലാത്ത ഒരു ഡിപ്രഷൻ എന്ന് പറയും അപ്പൊ എന്താ കാരണം ആ ഭക്തി മേപ്പെട്ടു പോയി ചോട്ടിൽ വരുന്നു ഒരു വികാരത്തിന്റെ തലത്തിൽ നിൽക്കണം ഭക്തി പരമ കാഷ്ടയിൽ നവയോഗികൾ തന്നെ പറയുന്നു തഥാന് മുാന്തി നിറഞ്ഞു നിൽക്കുന്നു ഉള്ളില് നിറഞ്ഞു നിൽക്കും ആ ശാന്തിയുടെ അധിഷ്ഠാനത്തിൽ നിന്നുകൊണ്ട് മഹാത്മാക്കൾ ചിലപ്പോൾ കീർത്തനം ചെയ്യും ആടും പാടും മൂർച്ഛിച്ച് ചവിട്ടൽ വീഴും പക്ഷെ അവര് ഡിപ്രഷനിലേക്ക് വരില്ല കാരണം ഈ ശാന്തിയിൽ നിന്നുകൊണ്ടാണ് ഈ ഭക്തി ഈ അതാണ് ആത്മാരാമാശമുനയ നിർഗ്രന്ഥാവി ഒരു ക്രമേ കുറുവന്തി അഹൈതുകീം ഭക്തി ഭൂതഗുണോ ഹരിഹീം ആത്മാരാമന്മാരായിട്ട് ഇരുന്നു കൊണ്ട് തത്വജ്ഞാനികളായി ഇരുന്നു കൊണ്ട് ഭക്തി ചെയ്യുന്നു അപ്പൊ എന്താ അവര് ലൗകികരായ ഒരു ഭക്തന്മാരല്ല അവർക്കൊന്നും നേടിയെടുക്കാനില്ല ഒന്നും കിട്ടാനില്ല കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു പുറത്തുനിന്ന് ഒന്നും നേടിയെടുക്കാനില്ല എന്ന് നല്ലവണ്ണം അറിയാം എന്നിട്ടും ഭഗവാനോട് ഭക്തി ഉദ്ധവന് പരമപ്രശാന്തനാണ് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് സത്സംഗം കൊണ്ട് തന്നെ ശാന്തി കിട്ടിയിരിക്കുന്നു നിറഞ്ഞ ശാന്തി ശാന്തി ആത്മാവിന്റെ സ്വരൂപമാണ് നമുക്ക് ശാന്തി കിട്ടിയാൽ ഗൗഡപാദാചാര്യർ പറഞ്ഞു നതു ചാലയേത്ത് ചാലയേത് ബാക്കിയുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് അടക്കണം മനസ്സിന് ശാന്തമായിട്ടിരിക്കുമ്പോൾ കഴിയുന്നതും അതിനെ നഷ്ടപ്പെടുത്താതെ ഒരു രത്നം പോലെ സൂക്ഷിക്കണം ലോകത്തിൽ എന്തു വേണമെങ്കിൽ നഷ്ടപ്പെടുത്താം എത്ര വേണമെങ്കിൽ പണം നഷ്ടപ്പെടുത്താം പേരും പ്രസിദ്ധിയും ഒക്കെ നഷ്ടപ്പെടുത്താം എന്തു വേണമെങ്കിൽ നഷ്ടപ്പെടുത്താം പക്ഷേ ഈ ശാന്തി ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ആത്മാവിന്റെ സ്വരൂപമാണ് അത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോളൂ പക്ഷെ ശാന്തി എങ്ങനെ നഷ്ടപ്പെടാതിരിക്കും നഷ്ടപ്പെടാൻ കാരണം എന്താ ആദ്യം പറഞ്ഞ പോലെ രാഗന്ദ്വേഷം ഇത് കാരണം ശാന്തി നഷ്ടപ്പെടും അപ്പോ രാഗദ്വേഷങ്ങളാണ് ഉപദ്രവം ചെയ്യണത് ആ ഉപദ്രവം നശിക്കാനാണ് ഒരു കവചം ആ കവചം എന്താ യാതൊന്നു കാണുമ്പതു നാരായണ പ്രതിമ ഇതന്നെ കവചം ആ കവചത്തിനെ നമുക്ക് അരുനാമ കീർത്തനത്തിൽ പറഞ്ഞു തന്നു യാതൊന്നു കേൾപ്പതും നാരായണ ശ്രുതികൾ കാണുന്നതൊക്കെ നാരായണ സ്വരൂപം എന്ന് കണ്ടാൽ ആരെയും വെറുക്കാനോ ദ്വേഷിക്കാനോ വയ്യ കേൾക്കുന്നതൊക്കെ നാരായണ ശ്രുതികൾ എന്ന് കേട്ടാൽ ആരോടും പ്രത്യേകിച്ച് ആസക്തിയില്ല ഒരു ശബ്ദത്തിനോടും പ്രത്യേകിച്ച് ഒരു ആസക്തി ഇല്ല ഇത് പതുക്കെ പ്രായോഗിക തലത്തിൽ അനുഭവ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം ഇവിടെ ഉദ്ധവര് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണം അങ്ങ് വിട്ടു പോകരുത് പോവരുത് ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ ആകാശത്തിൽ നോക്കുക ദേവതകളൊക്കെ നിൽക്കണം എന്നെ വിളിച്ചോണ്ടെന്ന് എനിക്ക് പോവാതെ വയ്യ അവരൊക്കെ സ്വർവാസം മേ അഭികാംക്ഷിണ എന്നെ വൈകുണ്ഠത്തിലേക്ക് വിളിക്കുകയാണ് എനിക്ക് പോവാതിരിക്കാൻ വയ്യ എന്നാലും താങ്കൾക്ക് ഞാൻ വലിയ അനുഗ്രഹം ഇതുവരെ ആർക്കും ചെയ്യാത്ത അനുഗ്രഹം താങ്കൾക്ക് ഞാൻ ചെയ്യണമുണ്ട് എന്താ അനുഗ്രഹം എന്ന് വെച്ചാൽ ന തഥാമേ പ്രിയതമ ന ശങ്കര ന സംഘർഷണോ നൈവ ശ്രീഹി നൈവത്മാ യഥാഭവാൻ ഗുരുവായൂരപ്പനൊരു എനിക്ക് തോന്നുന്നു ഇതുപോലെ ആരോടും പറഞ്ഞിട്ടില്ല ഉദ്ധവരോട് പറഞ്ഞ പോലെ ആരോടും പറഞ്ഞിട്ടില്ല ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ എനിക്ക് ആത്മയോനി ബ്രഹ്മാവിനോട് അത്ര കണ്ടൊന്നും പ്രീതിയില്ല താങ്കളോട് എത്ര കണ്ട് പ്രിയമുണ്ടോ അത്ര കണ്ട് ബ്രഹ്മാവിനോടൊന്നുമില്ല എന്നാ ശിവനോടോ ശിവനോടും അത്ര കണ്ടൊന്നും ബന്ധമല്ല പിന്നെ ആരോടാ സംഘർഷണമൂർത്തിയോടോ സംഘർഷണമൂർത്തിയോടും അത്ര കണ്ടൊന്നും പ്രിയമില്ല എന്നിട്ട് ഭഗവാൻ ഞങ്ങളുടെ ഇങ്ങടെ ഒക്കെ നോക്കി മഹാലക്ഷ്മിയോട് പോലും ഇല്ല എന്നാ ലക്ഷ്മിയോട് ഇല്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും അവനവനെയാണ് ഏറ്റവും ഇഷ്ടം എന്നാ പറയുന്നത് ഭഗവാൻ പറഞ്ഞു എനിക്ക് എന്നോട് തന്നെ അത്ര പ്രിയമില്ല യഥാഭവാൻ താങ്കളോട് എത്ര പ്രിയമുണ്ടോ അത്ര പ്രിയം എനിക്ക് വേറെ ആരോടും ഇല്ല കാരണം എന്താ ത്വം തുഹം ഭാഗവതന്മാരിൽ ഞാൻ ഉദ്ധവനാണ് ഉദ്ധവൻ വേറെയല്ല ഞാൻ വേറെയല്ല ഭഗവാന് ഭഗവാനേക്കാളും ഭാഗവതന്മാരെയാണ് ഇഷ്ടം അതുകൊണ്ട് ത്വതു ഭാഗവതേ ശ്വഹം ഈ ഭാഗവതനായതുകൊണ്ട് ഉദ്ധവര് ഉദ്ധവരുടെ പുറകെ ഞാൻ നടക്കും ഉദ്ധവരോട് ഭഗവാൻ പറയണത് ഉദ്ധവ തന്നെ പോലെ ആരൊക്കെ ഈ ലോകത്തിലുണ്ടോ ഒന്നിനോടും പ്രത്യേകിച്ച് ആസക്തിയില്ല ഭഗവാനോട് ഒന്നും ചോദിക്കണില്ല ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപമായി കണ്ടുകൊണ്ടിരിക്കുന്നു നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശം സമദർശികളായിട്ടിരിക്കുന്നു അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പുറകെ ഞാൻ നടക്കും അഥവാ എന്തിനാന്ന് വെച്ചാൽ അവരുടെ കാല് പാദം സ്പർശം ഏറ്റിട്ടുള്ള ആ മണ്ണ് എന്റെ മേലെ ഒന്ന് ഏറ്റിട്ട് എന്നെ ഒന്ന് ശുദ്ധമാക്കാനായിട്ട് പൂയെത്തി അങ്കിരേണുഹീന എന്നുവെച്ചാൽ അങ്ങനെയുള്ള ഭക്തന്മാർ ജീവൻമുക്തന്മാർ യാതൊന്നിലും കൊതിയില്ലാത്തവർ പരാഭക്തിയില് രമിച്ചുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള ഭക്തന്മാരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരല്ലാതെ എനിക്ക് വേറെ ആരെയും അറിയില്ല ഹൃദയം സാധവോ ഹൃദയം അപ്പൊ ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ ഇതുവരെ ആർക്കും ചെയ്യാത്തൊരു അനുഗ്രഹം താങ്കൾക്ക് ഞാൻ ചെയ്യാം എന്താ ഭഗവാനെ അനുഗ്രഹം എന്നുവെച്ചാൽ ഇന്നക്ക് ഏഴാമത്തെ ദിവസം ദ്വാരകയെ സമുദ്രം വിഴുങ്ങും അതുകൊണ്ട് താങ്കൾ ദ്വാരകയിൽ വസിക്കരുത് ത്വം തുവം പരിത്യജ് സ്നേഹം സ്വജന ബന്ധുഷു മനസ്സമ്യക് സമദൃക് വിചരസ്വഗാം സർവം പരിത്യജ് കോംപ്രമൈസ് അൺ കോംപ്രമൈസിംഗ് ടീച്ചിങ് സ്വാമി വിവേകാനന്ദ സ്വാമികളുടെ സമ്പൂർണ്ണ കൃതികളില് ഇൻസ്പയർട്ടോക്സ് ഒരു ഭാഗമാണ് കുട്ടിക്കാലം സ്കൂളിൽ പഠിക്കുമ്പോൾ വായിച്ചതാണ് അതിപ്പോഴും അങ്ങനെ അഗ്നി പോലെ ഉള്ളതുണ്ട് സ്വാമിജി അവിടെ പറയണത് ദ്യൂ സോൾസ് ലിവ് ഫോർ ഗോഡ് ആൻഡ് ഗോഡ് എ ലോൺ ലെറ്റ് ദ വേൾഡ് ഗോ ഹ് നോ കോംപ്രമൈസ്ഡ് ഒരു കുറച്ച് പേര് ഈശ്വരന് വേണ്ടി മാത്രം ഈശ്വരന് വേണ്ടി മാത്രം ഒരു നാല് പേര് ഈ ഇത്രയും ആളുകൾ ഉള്ളതിൽ ഒരു നാല് പേര് അങ്ങനെ ഉപേക്ഷിച്ചാൽ തന്നെ ഉപേക്ഷിക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം ഇവിടെ ഒന്നും ഉപേക്ഷിക്കാനില്ല സന്യാസം എന്നുള്ളതിനർത്ഥം കാഷായമോ മുണ്ടനമോ ദണ്ടോ ഒന്നുമല്ല അതൊക്കെ വേണം അതൊക്കെ സാമ്പ്രദായികമായിട്ടുള്ളത് വേണം പക്ഷെ യഥാർത്ഥ സന്യാസം ആചാര്യസ്വാമികൾ ഉപനിഷത്ത് ഭാഷ്യത്തിൽ പറഞ്ഞു ജഗത്തിനെ മുഴുവൻ ആത്മസ്വരൂപമായിട്ട് കാണുന്നത് സന്യാസം അപ്പൊ എന്തായി ജഗത്തിനെ ജഗത്തായിട്ട് അങ്ങോട്ട് ഉപേക്ഷിച്ചു അല്ലാതെ ജഗത്തിനെ എങ്ങനെ ഉപേക്ഷിക്കും നാമരൂപങ്ങളെ വാസ്തവം എന്ന് കരുതാതെ ഈശ്വരൻ മാത്രം ഉണ്മ എന്നുള്ള ജ്ഞാനമാണ് സന്യാസം അത് എത്തിക്കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു കഴിഞ്ഞു സർവ്വവും ഉപേക്ഷിച്ചു എന്തൊക്കെ കണ്ടാലും ഒന്നുമില്ല ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ യഥോഹി ഭഗവാനേവസ്തു സദസച്ഛയത് ഇതന്നെയാ സന്യാസം ഈ സന്യാസമാണ് ഭഗവാൻ ഉദ്ധവരോട് പറയണത് പക്ഷെ അതങ്ങനെ എളുപ്പത്തിൽ എല്ലാവർക്കും വരില്ല അതുകൊണ്ട് ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവ അങ്ങട് ഇങ്ങോട്ട് നോക്കരുത് പ്രത്യേകിച്ച് ബന്ധുക്കളോട് ആസക്തി വെക്കരുത് എന്താണെന്ന് വെച്ചാൽ ഈ ബന്ധുക്കളാണ് ചെറിയമ്മയാണ് വലിയച്ഛനാണ് അമ്മയാണ് അച്ഛനാണ് ഭാര്യയാണ് ഭർത്താവാണ് എന്ന് പറഞ്ഞ് ശരീരത്തിനോടുള്ള ബന്ധം കാണിക്കും ഓർമ്മിപ്പിക്കും അതുകൊണ്ട് അത് മറന്നിട്ട് സ്വരൂപവും ഈശ്വര സ്വരൂപം എന്ന് ഉറപ്പിച്ച് വദരികാശ്രമത്തിലേക്ക് പോകാനാണ് ഭഗവാന്റെ ഉപദേശമാണ് ഇവിടെ ഉദ്ധവർക്ക് ഇനിയെങ്കിലും ഇത് ഉറക്കണം ഇപ്പൊ വയസ്സുകാലമായി കഴിഞ്ഞുവേ ഇനി ഇത് കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ട് ഇത് വെച്ചുകൊണ്ട് കർമ്മത്തിൽ തന്നെ വർത്തിക്കാന്നൊന്നും പറയാൻ തയ്യാറല്ല ഭഗവാൻ ഭഗവാൻ ഉദ്ധവനോട് പറയണം ഉദ്ധവാ ഈ സത്യദർശനത്തിനെ ഉറപ്പിക്കുക ഈ സത്യം ഉറച്ചു കിട്ടിയാൽ സത്യേന അനേന ന സർവേശം ഉപദ്രവ സകല ഉപദ്രവങ്ങളും മാറിക്കിട്ടും ഭാഗവതം മുഴുവൻ ഇതാണ് ടോൺ ഈ ഈ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപം നിങ്ങൾ എഴുതി ഇത് കേട്ടിട്ട് ഇനി ഭാഗവതം നോക്കിക്കൊള്ളാ വേണെങ്കി ഇതല്ലാന്ന് സ്ഥാപിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ പരിശ്രമിച്ചിട്ട് ചെയ്തോളാം ഒന്ന് സാധിക്കുമോ നോക്കുക ഇതല്ല ഭാഗവതത്തിലെ സിദ്ധാന്തം ആദ്യ അന്തം ഓരോ അധ്യായത്തിലും ഇതുണ്ട് ഇതിനെയാണ് ആൻവീക്ഷികീ വിദ്യ എന്നും പറയുന്നത് ഭാഗം അൻവീക്ഷികം അളക്കായ പ്രഹ്ലാദാദിഭ്യ ഊജിവാൻ പ്രഹ്ലാദനൊക്കെ ഇത് ഉപദേശിച്ചു കൊടുത്തു നാരദ മഹർഷി പ്രഹ്ലാദൻ പറയുന്നു ഏകാന്ത ഭക്തി ഹി ഗോവിന്ദേ യർവത്ര തദീക്ഷണം ഭഗവാനോട് ഏകാന്ത ഭക്തി കാണുന്ന സ്ഥലത്ത് മുഴുവൻ തദീക്ഷണം എല്ല ആ ഭഗവാനെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു അത്തരത്തിലുള്ള ഒരു ദർശനം ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവാ താങ്കൾക്ക് ഞാനത് ഉപദേശരാം ഇതാണ് സത്യം ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപമായിട്ട് കാണുക ആത്മാനുഭവതുഷ്ടാത്മാന അന്തരായി വിഹന്യസേ സർവഭൂതസുഹൃശാന്ത ജ്ഞാന വിജ്ഞാന നിശ്ചയ പശ്യൻ മതാത്മകം വിശ്വം നീപദ് സർവഭൂത സുഹൃത്ത് എന്താ എല്ലാരും ആത്മാവാണേ ഇപ്പൊ ദ്വേഷം തോന്നാൻ കാരണം മുഴുവൻ അവൻ വേറെ അവൻ വേറെ എന്നുള്ളതുകൊണ്ടാണ് ഒരു കട തെരുവില് ഒരു കട കണ്ണാടിക്കട മുകളിലും ചുവട്ടിലും വശങ്ങളിലും ഒക്കെ കണ്ണാടി ആ കണ്ണാടിക്കടയുടെ ഉള്ളില് ഒരു നായ കയറി ആ വാതില് അറിഞ്ഞു കടയില് നായക്ക് എന്താ എപ്പോഴും സ്വഭാവം മറ്റു നായ്ക്കളെ കണ്ടാഷ്ടല്ല അപ്പോൾ ആ നായ നോക്കുമ്പോ മുമ്പില് ഒരു പത്ത് നാൽപ്പത് നായ നിക്കണു ഈ നായ ആ നായ്ക്കളെ ഒക്കെ നോക്കി കുറച്ചു ആ നായ്ക്കളും കുറയ്ക്കണം ഇങ്ങോട്ട് നായ തിരിഞ്ഞു ഓടാൻ നിൽക്കുമ്പോ ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ ഒരു മുപ്പത് നാൽപ്പത് നായ ഈ നായ്ക്കളും കുറയ്ക്കണം മുകളിൽ നോക്കുമ്പോ മുകളിൽ നിന്നായ ചുവട്ടിൽ നിന്നായ ഈ നായ വിചാരിച്ചു ഇത് എന്തു ലോകമാപ്പ എല്ലാരും നമ്മളുടെ ശത്രുക്കള് എല്ലാരും നമ്മളെ കടിക്കാൻ വരണം ഇതിങ്ങനെ കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് അവസാനം ക്ഷീണിച്ച് തളർന്നു വീണു കുറച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നല്ല വണ്ണം അലങ്കാരം ചെയ്ത് ഡ്രസ്സ് ചെയ്ത് ഒരാൾ വന്നു അയാൾക്കറിയാം ഇതൊക്കെ കണ്ണാടിയാണ് എന്റെ തന്നെ പ്രതിബിംബമാണ് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി ഓരോ പോസിൽ നിന്ന് ഇതും ഞാനാണ് ഇതും ഞാനാണ് ഇതും ഞാനാണ് ഇങ്ങനെ ഓരോ പോസിൽ നിന്ന് തന്നെ തന്നെ കണ്ടു ആസ്വദിച്ചു ആചാര്യസ്വാമികൾ ഈശാവാസ്യം എന്നുള്ളതിനും ഭാഷ്യം ചെയ്യുമ്പോ അഹമേവ ഇതം സർവം ഇത് ഈ കാണുന്നത് മുഴുവൻ ഞാൻ തന്നെ എല്ല ഉള്ളിലും ഒരേ ഞാൻ എന്നുള്ള അനുഭവം ബോധസ്ഫൂർത്തിയാണുള്ളത് എന്നുള്ള അനുഭൂതി അനുഭൂതി കേവലാനുഭവം ആ അനുഭൂതി ഭഗവാൻ പറയുന്നു വിശ്വത്തിനെ മുഴുവൻ എന്റെ സ്വരൂപമായി കണ്ടുകൊണ്ട് സഞ്ചരിച്ചാൽ ഉദ്ധവാനി താങ്കൾക്ക് ഒരു തടസ്സവും വരില്ല ഈ ജ്ഞാനം നല്ലവണ്ണം ഉറച്ചു കിട്ടണവരെ കുറച്ചൊക്കെ ഒരു വേലി കെട്ടി സംരക്ഷിക്കണം അതിനാണ് പദ്രകാശ്രമത്തിലേക്ക് പോവാൻ പറയണത് ഈ ജ്ഞാനം നല്ലവണ്ണം ദൃഢമാവാനായിട്ട് ഇപ്പൊ ബന്ധുക്കളോടും മറ്റുമൊക്കെ ഉള്ള ആസക്തി ഒക്കെ വിട്ട് ഇതിനെ ധ്യാനിച്ചുകൊണ്ട് കാണുന്നതൊക്കെ അത് തന്നെ ആണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കാം നല്ലവണ്ണം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കുഴപ്പമില്ല പക്ഷെ അത് ഉറയ്ക്കാനായിട്ട് ഈ വിദ്യയും എടുത്തുകൊണ്ട് അങ്ങ് സഞ്ചരിക്കൂ എന്ന് ഭഗവാൻ ഉപദേശിച്ചു ഉദ്ധവര് ഭഗവാന്റെ കാലില് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് ഭഗവാനോട് പറഞ്ഞു പ്രഭോ അങ് എനിക്ക് സന്യാസം ഉപദേശിച്ചു എനിക്ക് യോഗ്യത എനിക്കിത് സാധ്യമാണോ ജഗത്ത് മുഴുവൻ ബ്രഹ്മസ്വരൂപമായി കാണുക എന്നുള്ള ആ സർവം ഖലുവിതം ബ്രഹ്മ എന്നുള്ള ദർശനം എവിടെ ഞാനെവിടെ യോഗേശ യോഗ വിന്യാസ യോഗാത്മൻ യോഗ സംഭവാ നിശ്രേയസായ പ്രോക്തസന്യാസ ലക്ഷണ ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനം വിഷയാത്മഭാ ഭക്തിയില്ലാത്തവർക്ക് ഭഗവാനെ ഈ സർവസംഗപരിത്യാഗരൂപമായി ജ്ഞാനം അവർക്ക് എങ്ങനെ പ്രകാശിക്കും നാമരൂപങ്ങളെയൊക്കെ വിട്ടെല്ലാം ബ്രഹ്മസ്വരൂപമായിട്ട് കാണണമെങ്കിൽ ആദ്യം ആ ബ്രഹ്മം എന്താണെന്ന് അറിയണ്ടേ വളരെ വലിയൊരു കൃഷ്ണഭക്തൻ ഉണ്ടായിരുന്നു ഒരു സായിപ്പ് വെള്ളകാരനാണ് അദ്ദേഹം പ്രൊഫസർ നിക്സൺ എന്ന് പേരായിരുന്നു അദ്ദേഹം പിന്നീട് യോഗി കൃഷ്ണപ്രേം എന്നറിയപ്പെട്ടു ഇപ്പോ ഒരു കൃഷ്ണപ്രേമി മഹാരാജ കൊണ്ട് അദ്ദേഹം അല്ല പഴയകാലത്ത് ഒരു പത്തൊമ്പത് അറുപത് വർഷം മുമ്പ് യോഗി കൃഷ്ണപ്രേം അദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ വലിയ ഓഫീസറായിട്ട് വന്ന ആണ് പ്രൊഫസറായിട്ട് വന്നതാണ് പിന്നീട് അതൊക്കെ വിട്ട് കൃഷ്ണഭക്തിയില് രമിച്ചു കൽക്കട്ടയില് ഒരു തന്നെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പ്രൊഫസർ വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ ഭാര്യ ആ അമ്മ യശോദാമ എന്നാണ് അമ്മയുടെ പേര് പറയണത് ആ അമ്മത്തിനെ കണ്ട ഉടനെ തന്നെ ഞാൻ വളരെ ദിവസമായി കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു നീ ഇനി മുതൽ പ്രൊഫസർ നിക്സനല്ല കൃഷ്ണപ്രേമാണെന്ന് പറഞ്ഞ് കൃഷ്ണന്റെ ഒരു വിഗ്രഹം കൊടുത്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് മുതൽ അദ്ദേഹം ജോലിയൊക്കെ ഉപേക്ഷിച്ച് വൈഷ്ണവ് വസ്ത്രം ധരിച്ച് ഊർധ്വപുണ്ഡരം ധരിച്ച് ശിഖയൊക്കെ വെച്ച് കൃഷ്ണന്റെ മൂർത്തി എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കും അനുഭവമായിരുന്നു രണ്ടുപേരും അവസാന ആ അമ്മയും ആ യശോദാമെന്ന് പറയുന്ന അമ്മ വളരെ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ആധുനിക ജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവർ അവരുടെ ഉള്ളിൽ വലിയ കൃഷ്ണഭക്തിയുടെ ഒരു വെള്ളം എന്താ പറയാ ഫ്ലഡ് അതിനകത്ത് ഉണ്ടായിരുന്നു ആ അമ്മയുടെ ഉള്ളിൽ അത് അതിനു ഒരു പൂർവകഥയുണ്ട് ആ അമ്മ പുറമേക്ക് വളരെ മോഡേൺ ആയിട്ടിരുന്നു പെട്ടെന്ന് ഒരു ദിവസം വലിയ കൃഷ്ണഭക്തയായി ആലോചിച്ചു നോക്കുമ്പോൾ ഒന്നും അകാരണമല്ലാന്ന് മനസ്സിലാവും കാരണം വിവേകാനന്ദ സ്വാമികള് രാമകൃഷ്ണ പരമംസരുടെ സമാധിക്ക് ശേഷം പരിവരാചകനായിട്ട് നടക്കുമ്പോൾ ഗസിപ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു ഈ അമ്മ ജനിച്ചത് ചെറിയ കുട്ടി അപ്പൊ നവരാത്രിക്ക് ദേവീപൂജ ചെയ്യാനായിട്ട് ഒരു പെൺകുട്ടിയെ വേണം എന്ന് അന്വേഷിച്ചു വിവേകാനന്ദ സ്വാമി ഒരു ബ്രാഹ്മണ പെൺകുട്ടി അപ്പൊ ഈ പെൺകുട്ടിയെ വിവേകാനന്ദ സ്വാമികൾ കൊണ്ടു കൊടുത്തു അദ്ദേഹം ദേവിയായിട്ട് സങ്കല്പിച്ചു പൂജിച്ചു അത്ര ആ കുട്ടിയാണ് ഈ അമ്മ വലിയ കൃഷ്ണഭക്തയായി ഈ അമ്മയും ഈ കൃഷ്ണപ്രേമും കൂടെ ഹിമാലയത്തിലെ അൽമുറയിലായ അവരുടെ ആശ്രമമുണ്ട് ഇപ്പോഴും ഉണ്ടെന്ന് ഏകാന്തത്തിൽ ഭക്തി ചെയ്തുകൊണ്ട് ഭഗവാനെ പൂജിച്ച് അവർക്ക് അനേക ദർശനങ്ങൾ ഭഗവാന്റെ അനേക ദർശനം അനേക അനുഭൂതികൾ അരബിന്ദോ ഒക്കെ ഈ യോഗി കൃഷ്ണപ്രേമിനെ വളരെ പുകഴ്ത്തി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ യോഗി കൃഷ്ണപ്രേമിനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ ചില കഥകളൊക്കെ കേട്ടറിഞ്ഞ് ഒരു സ്വാമി പറഞ്ഞ് കേട്ടതാണ് ഞാൻ ഇതിലെ പലതും ഇപ്പൊ ഈ യോഗി കൃഷ്ണപ്രേമം കൃഷ്ണനെയും കൊണ്ട് നടക്കും എപ്പോഴും ഒരിക്കലും അദ്ദേഹം ട്രെയിനിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് സീറ്റിൽ ഒരു സായിപ്പ് വേറെ ഒരു വെള്ളക്കാരനായിരിക്കും ഇംഗ്ലീഷുകയാൾ അയാൾ ചോദിച്ചു തന്റെ മതവും ക്രിസ്തു മതവും ഇതുമൊക്കെ വിട്ടിട്ട് തനിക്ക് എന്ത് കിട്ടി what have you got enda kittiyada enchu vachu ve krishna prem krishna ne eduthu kaanichitte see i got him nikki dheyathane kitti krishna ne kitti ennu ornu kaanichu athre aa yogi krishna prem ramana maharshiye kaanaam vandirun dheyathine dakshina indiyile dheyathine pusthakam undu yogi krishna prem ennu ornitte bharatiya vidyabhavan publish cheyirunde dilip kumar roy aa pusthakathile ee kadha verund അദ്ദേഹത്തിന് സൗത്ത് ഇവിടെ ദക്ഷിണാത്യത്തിൽ ദാക്ഷിണാത്യദേശങ്ങളിൽ തമിഴ്നാട്ടില് രണ്ട് സ്ഥലത്ത് വെച്ച് സമാധി അനുഭവം ഉണ്ടായി ഒന്ന് ശ്രീരംഗത്തില് രംഗനാഥന്റെ സന്നിധിയിൽ രംഗനാഥനെ കണ്ടപ്പോ അദ്ദേഹം മൂർച്ഛിച്ചു വീണു രണ്ട് രമണ മഹർഷിയുടെ സന്നിധിയിൽ മഹർഷിയെ കാണാൻ വന്നപ്പോ മഹർഷിയുടെ മുമ്പിൽ അദ്ദേഹം ഇരിക്കണോ അദ്ദേഹത്തിന് തോന്നി ഇത് സാധാരണ ഒരു മനുഷ്യനല്ല മഹർഷിയുടെ സിദ്ധാന്തമോ എൻറ്റയർലി ഡിഫറന്റ് ഇദ്ദേഹം തികഞ്ഞ വൈഷ്ണവ കൃഷ്ണഭക്തൻ മഹർഷി തികഞ്ഞ അദ്വൈതി പൂർണ്ണ അനുഭവതലത്തിലുള്ള അദ്വൈതി ജീവൻ മുക്ത പുരുഷൻ ഇപ്പൊ യോഗികൃഷ്ണപ്രേം മഹർഷിയോട് ചോദിച്ചുകൊണ്ട് ഉള്ളുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്ക അങ്ങ് ആരാണ് അങ്ങ് ആരാണ് ഇദ്ദേഹത്തിന് ഈ കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹർഷിയുടെ സന്നിധിയിൽ ആ രൂപമോട് മറഞ്ഞു അങ്ങ് ആരാണ് ആരാണെന്ന് മഹർഷിയുടെ ഒരു ചോദ്യം അപ്പൊ മഹർഷി ഇങ്ങോട്ട് ചോദിക്കണ പോലെ ഈ ചോദിക്കണവൻ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ അറിഞ്ഞാൽ ഞാൻ ആരാണെന്നുള്ളതും താങ്കൾക്ക് മനസ്സിലാവും അവനവനെ അറിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ മനസ്സിലാവും ഇദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ കട്ടിൽ മഹർഷി ഇല്ല ഒരു ശൂന്യം കട്ടിൽ കാലിയായിട്ട് കിടക്കുന്നു ആളില്ലായെന്നർത്ഥം വ്യക്തിത്വം ഇല്ലയെന്നർത്ഥം ഇത് കഴിഞ്ഞ് അദ്ദേഹം മഹർഷിയോട് ചോദിച്ചു സംശയം ഒരു സംശയമായിട്ട് ചോദിച്ചു വാസുദേവ സർവമിത്തി സമഹാത്മാ സുദുർലഭ എന്ന് ഗീതയിൽ കാണുന്നുല്ലോ ജഗത്ത് മുഴുവൻ വാസുദേവ സ്വരൂപം ആ സാക്ഷാത്കാരം എങ്ങനെ സിദ്ധിക്കും അതല്ലേ ശ്രേഷ്ഠമായിട്ടുള്ളത് അതിന് മഹർഷി ഉത്തരം പറഞ്ഞു അദ്ദേഹത്തിനോട് ജഗത്ത് മുഴുവൻ വാസുദേവൻ ആണെങ്കിൽ ഈ കാണുന്നവൻ ആരാണ് എല്ലാത്തിനെയും വാസുദേവൻ എന്ന് കാണണമെങ്കിൽ ഒരു കാണണോ ഒരാൾ വാസുദേവനിൽ നിന്ന് അന്യമായിട്ട് നിൽക്കണ്ടോ കാണുന്നവൻ തന്റെ സ്വരൂപം എന്താണെന്ന് കണ്ടെത്തിയാൽ കാണുന്നതൊക്കെ വാസുദേവ സ്വരൂപമായിട്ടിരിക്കും തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് കണ്ടെത്തിയാൽ കാണുന്നതൊക്കെ വാസുദേവ സ്വരൂപമായിട്ടിരിക്കും ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത്ത് ജഗത്തെ മുഴുവൻ ഭഗവത് സ്വരൂപമായിട്ട് കാണണം എന്ന് പറഞ്ഞു അതിന് ആദ്യത്തെ പടിയെന്താ നമ്മളുടെ ഹൃദയത്തിന് ഭഗവാനെ അനുഭവിക്കും അപ്പൊ എപ്പോഴും ആദ്യം അത് വേണം ഇല്ലാന്നല്ല പറയണത് ആദ്യം അത് വേ കൂടി ചേർന്നു പോകും ഹൃദയത്തില് ആത്മവിചാരം ചെയ്ത് സ്വരൂപാനുഭൂതിയും ഉണ്ടാവണം അതിന് ഗുരുവിന്റെ ഉപദേശവും വേണം ഇപ്പൊ ഭഗവാൻ പറഞ്ഞു ഉദ്ധവരോട് ഉദ്ധവ സർവ്വവും മതാത്മകം പശ്യൻ ജഗത്ത് മുഴുവൻ എന്റെ സ്വരൂപമായിട്ട് കാണുക ഉദ്ധവർ പറഞ്ഞു ഭഗവാനെ അവിടുത്തെ സ്വരൂപം എനിക്ക് അറിയണമല്ലോ അവിടുത്തെ സ്വരൂപം എന്താണെന്ന് എനിക്ക് പ്രകാശിക്കണമല്ലോ എങ്ങനെ പ്രകാശിക്കും അതിന് ഗുരു വേണമല്ലോ അവിടുന്ന് എനിക്ക് ഉപദേശിക്കണം തസ്മാവന്തം ം സർവജ്ഞരമികുണ്ഠിഷ്ണ്യം നിർവിണ്ണധീ അഹമുഹ വൃജിനാഭിതപ്തോ നാരായണം നരസഖം ശരണം പ്രപദ്ധ്യേ അവിടുത്തെ ഞാൻ ശരണാഗതി ചെയ്യുന്നു ജഗത്ത് മുഴുവൻ വാസുദേവനാണെന്ന് കാണണം വാസുദേവന്റെ സ്വരൂപം എന്താ രഹുഗണനോട് ജനഭരതൻ ഉപദേശിച്ചു വാസുദേവതത്വം വർണ്ണിച്ചു കൊടുത്തു ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം ത്വനന്തരം ത്വഹിത് ബ്രഹ്മസത്യം പ്രത്യേകം എന്നുള്ള ആ നാമത്തിന്റെ അർത്ഥം അർത്ഥമാണവ വിശുദ്ധമായ ജ്ഞാനസ്വരൂപൻ ഹൃദയത്തില് സദാ പ്രത്യക്സ്വരൂപനായി ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് ഏതൊന്നും സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ ആരാഞ്ഞു നോക്കിയാൽ അത് വാസുദേവ തത്വം വാസുദേവസ്വരൂപം അപ്പൊ വാസുദേവനെ തന്റെ ആത്മാവായി കണ്ടെത്തിയാൽ ജഗത്ത് മുഴുവൻ വാസുദേവ സ്വരൂപം പക്ഷെ അത് കണ്ടെത്താൻ ദേശിക സഹായം ഒരു ദേശികൻ ദേശികൻ ആരാ ചൂണ്ടിക്കാണിച്ച് തരുന്ന ആള് കഴുത്തിലേക്ക് കിടക്കണം വാല കാണാനില്ല ലോകത്തൊക്കെ തരണം മൂക്കത്ത് കണ്ണാടി വെച്ച് കണ്ണാടി എവിടെ കണ്ണാടി എവിടെയെന്ന് അന്വേഷിക്കും ആ കണ്ണാടിയിലൂടെ തന്നെ തരയും കണ്ണാടി എവിടെയെന്ന് അതുപോലെ നമ്മളുടെ സ്വരൂപമേ സച്ചിദാനന്ദമായിരുന്നിട്ട് നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായിട്ടിരുന്നത് അത് എവിടെ എവിടെ എവിടെ എവിടെ അന്വേഷിച്ചു നടക്കും അങ്ങനെയാണ് ഉദ്ധവര് ഭഗവാനോട് ചോദിക്കുന്നത് ഭഗവാനെ എനിക്ക് ഉപദേശിച്ചു തരണം ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ ഗുരു എല്ലാവർക്കും വേണം എന്നുള്ളത് വാസ്തവം പക്ഷെ ഗുരു എന്നുള്ളത് എന്താ ഗുരുതത്വം ആദ്യം മനസ്സിലാക്കണം ഗുരു എന്ന് വച്ചാൽ ഒരു മനുഷ്യനാണ് ഗുരു എന്ന് കരുതിയാൽ ജനോജനസ്യ ആദിശത്തെ അസതീം മതിമു മത്സ്യാവതാര സ്തുതിൽ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു മനുഷ്യന് ഉപദേശിച്ചാൽ സത്യം പ്രകാശിക്കുമോ ഇപ്പൊ ബാലരി പറഞ്ഞ പോലെ ദോഷങ്ങളൊക്കെ ഉണ്ടാവും മനുഷ്യൻ മനുഷ്യൻ ഉപദേശിക്കുമ്പോൾ പക്ഷെ വാസ്തവത്തിനുള്ള ഉപദേശം മനുഷ്യനല്ല ഉപദേശിക്കണത് മനുഷ്യന്റെ ഹൃദയത്തിലിരുന്ന് ഭഗവാനാണോ ഉപദേശിക്കുന്നത് ഭഗവാനാണോ ഉപദേശിക്കണം അപ്പൊ മനുഷ്യൻ ഉപദേശിച്ച് പ്രകാശിക്കില്ല പുറമേക്ക് ഒരു ഗുരു വേണം എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിനെ അന്തർമുഖമാക്കി തിരിച്ചുവിടാനായിട്ട് മനസ്സ് അന്തർമുഖമായി തിരിഞ്ഞാൽ ഹൃദയത്തിന് തന്നെ ഒരു ഗുരുതത്വം പ്രകാശിക്കും നമുക്കൊക്കെ അത് അനുഭവം ഉണ്ടാവും പുറമേക്ക് ഒരു ഗുരു ഉണ്ടെങ്കിലും ആ ഗുരു എതുവരെ പ്രവർത്തിക്കുന്നവെച്ചാൽ നമ്മുടെ മനസ്സ് അന്തർമുഖമാവുന്നവരെ പുറത്തേക്കുള്ള ഗുരു പലർക്കും പ്രത്യക്ഷ ഗുരുവേ ഇല്ല പ്രത്യക്ഷ ഗുരു ഇല്ല അത് കാരണം അവർക്ക് ഗുരു ഇല്ല എന്നാണോ അർത്ഥം രമണ മഹർഷിയെ തന്നെ പലരും പറയും രമണ മഹർഷിക്ക് ഗുരു ഇല്ലയെന്ന് പറയും ഗുരുതത്വം എന്താണെന്ന് അറിയാത്തത് നമ്മൾ പറയണം മഹർഷി പല സ്ഥലങ്ങളിലും അരുണാചല ശിവനെ തന്നെ ഗുരുവായി സ്തുതിച്ചുകൊണ്ട് കുറ്റമുറ്റു അരുത്തനൈ ഗുണമായി പണിത്ത് ആൾ ഗുരു ഒളിർ അരുണാച്ച ഭഗവാനെ എനിക്ക് വേറെ ആരും ഗുരുവില്ല എന്റെ ദോഷമൊക്കെ നീക്കി എനിക്ക് സത്യപ്രകാശം പരിപൂർണമായി തന്നെ എന്നെ രക്ഷിക്കണം ഭഗവാനോട് പ്രാർത്ഥിക്കാം അപ്പൊ ഗുരു ആരാ ഭഗവാൻ തന്നെ ഗുരു ആ ഭഗവാൻ തന്നെ ചിലപ്പോ ഒരു ആചാര്യന്റെ രൂപത്തിൽ മുമ്പിൽ വരും ആചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ തന്നെ പറയുന്നു ഭാഷ്യത്തിൽ തന്നെ ഭാഷ്യത്തിലോ മറ്റോ എവിടെയോ ഒരു സ്ഥലത്ത് വരുന്നു ആച ബ്രഹ്മവിദ്യ വേണം എന്ന് ഒരു ജീവന് നല്ല ഉത്കടമായ ആഗ്രഹം ഉണ്ടായാൽ ആ ബ്രഹ്മം തന്നെ ഗുരുരൂപം എടുത്ത് മുമ്പിൽ വരും എന്നിട്ട് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ പുറമേക്ക് അലഞ്ഞുകൊണ്ട് നടക്കുന്ന മനസ്സിനെ തത്വോപദേശം ചെയ്ത് അന്തർമുഖമാക്കും എന്നിട്ട് ആ ഗുരുതത്വം സൂക്ഷ്മരൂപത്തിൽ ഉള്ളിലിരുന്ന് അന്തർമുഖമായ മനസ്സിനെ ആകർഷിച്ച് ഹൃദയത്തിൽ അടക്കും എന്നിട്ട് ഇത്രകാലം ഏതിനെ ഗുരു എന്ന് വിളിച്ചുവോ ആ ഗുരു തന്നെ ഹൃദയത്തിൽ ആത്മാവായി പ്രകാശിക്കുകയും ചെയ്തു അതാണ് ഭാഗവതത്തിൽ ഗുരുദേവത ആത്മാ ഗുരു വേറെയല്ല ഈശ്വരൻ വേറെയല്ല ആത്മാ വേറെയല്ല ഈശ്വരോ ഗുരു ആത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമുക്ക് ഈശ്വരൻ ഗുരു ആത്മാ മൂന്നും ഒരേ തത്വം അജ്ഞാനം കൊണ്ട് അത് മൂന്നായിട്ട് തോന്നുന്നു ദ്വൈതമായിട്ട് തോന്നുന്നു പലതായിട്ട് തോന്നുന്നു ബ്രഹ്മം തന്നെയാണ് ഗുരു അപ്പൊ ഭഗവാൻ പറഞ്ഞു ആത്മന ഗുരു ആത്മൈവ പുരുഷ വിശേഷത പ്രത്യക്ഷ അനുമാനാഭ്യാം ശ്രേയോസാവ് അനുബിന്ദതി പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും പുറമേക്കുള്ള ഒരു ആചാര്യനിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും ജീവിത അനുഭവങ്ങളിൽ പലതും പഠിച്ച് ഉള്ളിലുള്ള ഗുരുവിനെ കണ്ടെത്തണം ആത്മാവായ ഗുരുവിനെ കണ്ടെത്തണം ആത്മാവായ ഗുരുവിനെ കണ്ടെത്തിയാൽ ആ ഗുരു നേരെ ഹൃദയത്തില് സത്യത്തിനെ പ്രകാശിപ്പിച്ച് ബോധിപ്പിച്ചു തരും അപ്പോ ഉദ്ധവാ പുറമേക്ക് ഗുരുവിനെ അന്വേഷിക്കേണ്ട ഗുരുവിനെ കണ്ടെത്താം എല്ലാവരുടെ ഹൃദയത്തിലും ഗുരുവുണ്ട് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും ആത്മാവായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു പുറമേക്ക് ഒരു ഗുരു വന്നാലും ഇത് ഉപദേശിച്ചു തരാനേ പറ്റുള്ളൂ ഉള്ളിലേക്ക് തിരിച്ചുവിട്ട് നമ്മളുടെ സ്വരൂപത്തിനെ കാണിച്ചു തരുന്നു അങ്ങനെ സ്വരൂപജ്ഞാനം ഉണ്ടായാൽ ഒരു ഗുരുവിൽ നിന്നും തത്വോപദേശം സ്വീകരിച്ച് ഒരാൾക്ക് സാക്ഷാത്കാരമുണ്ടായി എന്ന് വെക്കാം പലപ്പോഴും അത് പൂർണമാവില്ല നഹി ഏകസ്മാത് ഗുരോഹോ ജ്ഞാനം ഞാൻ ഇത്രയൊക്കെ ആ ഇരുപത്തിനാല് ഗുരുക്കളിലേക്കൊന്നും പ്രവേശിക്കാതിരിക്കാം കാരണം ഇതിനു മുമ്പുള്ള സത്രത്തിൽ ഇരുപത്തിനാല് ഗുരുക്കളെ വിസ്തരിച്ച് പറഞ്ഞു അതാണ് ഇപ്പൊ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ സ്പർശിച്ച് എടുത്തോണ്ട് വരണത് ഇതിനു മുമ്പ് സത്രത്തില് ഇതേ വിഷയം തന്നിട്ട് 24 ഗുരുക്കളെ വിസ്തരിച്ച് ഒരുമാതിരിയൊക്കെ ഒരു സമയം കിട്ടുന്ന അത്രത്തോളം വിസ്തരിച്ച് പറഞ്ഞിട്ട് ഗുരുതത്വം ഗുരു എന്നുള്ളത് തത്വമാണെന്ന് ആദ്യം അറിയണം അല്ലെങ്കിൽ എന്താവും ഗുരു ഒരു മനുഷ്യനാണെന്ന് കരുതിയാൽ ഗുരു മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരയേണ്ടി വരും ഒരു കാലത്ത് ഗുരു മരിച്ചുപോയി എന്ന് പറഞ്ഞ് കറിയും പലരും ഉണ്ടങ്ങനെ ഞങ്ങളുടെ ഗുരു ഇപ്പൊ പോയി ഇപ്പൊ ഞങ്ങൾക്ക് ഗുരുവില്ല അപ്പൊ എന്താ ഗുരു ഒരു മനുഷ്യൻ ആ ഗുരു ജനിച്ചു ഗുരു മരിച്ചു മരിക്കണ ഗുരുവിനെ കൊണ്ട് എന്ത് പ്രയോജനം മഹാരാഷ്ട്ര ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ കുറച്ച് പേരില് വളരെ പ്രസിദ്ധനാണ് ഏകനാഥസ്വാമി ഏകനാഥസ്വാമി ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിന് ഒരു വ്യാഖ്യാനം പോലെ മറാത്തി ഭാഷയിൽ ഏകനാഥി ഭാഗവത എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനേക കൃതികൾ അതുകൂടാതെ ചതുശ്ലോകി ഭാഗവതത്തിന് മാത്രമായിട്ട് അർത്ഥം ശങ്കരാചാര്യസ്വാമികളുടെ ശിഷ്യനായ ഹസ്താമലക സ്തോ ഹസ്താമലകന്റെ ഹസ്താമലക സ്തോത്രം അതിനും വ്യാഖ്യാനം ഇതൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും ീശ്വരൻ എന്നുള്ള സ്ഥാനത്തൊക്കെ ജനാർദ്ദനി ജനാർദ്ദനിന്ന് കാണും അദ്ദേഹത്തിന്റെ അഭംഗങ്ങൾ പാട്ടൊക്കെ കണ്ട ജനാർദനി ഏകാ ജനാർദ്ദനി അതാണ് മുദ്ര എന്നുവെച്ചാൽ ജനാർദ്ദനൻ അദ്ദേഹത്തിന്റെ ഗുരുവാണ് ജനാർദ്ദനസ്വാമി ഏകനാഥന്റെ ഗുരുവാണ് ഗുരുവിനോ മേലെ അദ്ദേഹത്തിനൊരു ദൈവമില്ല അത്തരത്തിലൊരു ഗുരുഭക്തി ഏകനാഥൻ പന്ത്രണ്ട് വർഷത്തോളം ജനാർദ്ദനസ്വാമിയെ സേവിച്ച് ഒന്നും ചോദിക്കുക പോലും ഇല്ലാത്ത ജനാർദ്ദനസ്വാമി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് ചോദിക്കുക പോലും ഇല്ല അത്തരത്തിലൊരു ഗുരുസേവ ആ ഗുരുസേവ കൊണ്ട് പ്രീതനായ ജനാർദ്ദനസ്വാമി ഏകനാഥസ്വാമിക്ക് ഈശ്വര ദർശനം ഉണ്ടാവണം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവം ദത്താത്രേയനാണ് ദത്താത്രേയന്റെ ദർശനം ഉണ്ടാവണം എന്നാഗ്രഹിച്ച് അദ്ദേഹത്തിന്റെ ദത്താത്രേയൻ വളരെ പ്രത്യക്ഷമായിരുന്നു ഇപ്പൊ ജനാർദ്ദനസ്വാമി പറഞ്ഞു നാളെ രാവിലെ ഏകനാഥന് ദത്താത്രേയ ദർശനം ഉണ്ടാവണം എന്ന് സങ്കല്പിച്ച് ദത്താത്രേയ മൂർത്തിയോട് പറഞ്ഞു ദത്താത്രേയൻ ജനാർദ്ദനസ്വാമിയോട് പറഞ്ഞു ഏകനാഥന് ഞാൻ ദർശനം കൊടുക്കാം നാളെ ഏകനാഥന് ദർശനം ഉണ്ടാവും ഗോദാവരിയിൽ പോയി സന്ധ്യാവന്തനം ചെയ്യുന്ന സമയത്ത് ഗായത്രി ജപിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു മരമുണ്ട് ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ഏകനാഥന് സമാധി ദർശനം ഭഗവത് ദർശനം സഗുണ സാകാര ദർശനം ഉണ്ടാവും ഏകനാഥന് ജനാ ജനാർദ്ദന സ്വാമിയുടെ അടുത്ത ദിവസം ജനാർദ്ദനസ്വാമിയുടെ പൂജയ്ക്ക് വേണ്ടി വെള്ളമെടുക്കാനായി ഏകനാഥസ്വാമി പോയി ഗോദാവരിയിൽ പോയി വെള്ളം എടുത്ത് സന്ധ്യാവന്തനം കഴിഞ്ഞ് വെള്ളം എടുത്ത് വരുമ്പോ വഴിയില് ഈ ദർശനം ഉണ്ടായിട്ടുണ്ട് ഏകനാഥൻ പക്ഷെ ജനാർദ്ദനസ്വാമി വിചാരിച്ചു ഏകനാഥസ്വാമി ആ ദർശനം ഉണ്ടായിട്ട് മൂർച്ഛിച്ച് ചോട്ടൽ വീഴും സമാധിയിൽ നർത്തനം ചെയ്യും ആടും പാടും കാരണം അങ്ങനെയാണ് ഭഗവത് ദർശനം ഉണ്ടായാൽ മനുഷ്യന് ശരീരത്തിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല ഭാവേശം ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക ജനാർദ്ദനസ്വാമി ഏകനാഥൻ ഇന്ന് സമയത്തിന് വെള്ളം കൊണ്ടുവരില്ല എന്ന് വിചാരിച്ചു പക്ഷെ ഏകനാഥനുണ്ട് ശരിക്കും സമയത്തിന് കുടത്തിൽ വെള്ളവും കൊണ്ടുവന്നു പൂജയ്ക്ക് വേണ്ട വെള്ളമൊക്കെ വെച്ചു ഗുരുവിന് നിവേദിക്കാൻ വേണ്ടിയുള്ള പാല് കാച്ചൊണ്ടിരിക്കുക ജനാർദ്ദനസ്വാമി വളരെ സൂക്ഷിച്ചു നോക്കിയിട്ടും ഈശ്വര ദർശനം കിട്ടിയതിന്റെ യാതൊരു ഭാവ ലക്ഷണങ്ങളും ഒന്നുമില്ല നമ്മുടെ ആളുകളൊക്കെ കുറച്ച് അല്പം സ്വല്പം കിട്ടിയാൽ തന്നെ അപ്പത്തന്നെ മൂർച്ഛിച്ച് ചോട്ടിൽ വീഴുദ്ദേഹത്തിന് ഒരു വികാരവും കാണാനില്ല അപ്പൊ ജനാർദ്ദനസ്വാമി ഏകനാഥനെ വിളിച്ച് ചോദിച്ചു ഏകനാഥ എന്തെങ്കിലും ഇന്ന് ദർശനം ഉണ്ടായി ഏകനാഥൻ പറഞ്ഞു ഉണ്ടായി ഗുരുനാഥം കുളിച്ചിട്ട് വരുമ്പോ സന്ധ്യാവന്തനം കഴിച്ച് വരുമ്പോ ഒരു മരത്തിന് ചോട്ടിൽ വെച്ച് ദത്താത്രേന്റെ ദർശനമുണ്ട് ജനാർദ്ദനസ്വാമിക്ക് ആശ്ചര്യം എന്താ ഏകനാഥ വഴിയിൽ തെരുവിൽ കണ്ടു എന്നൊക്കെ പറയണ പോലെ ഭഗവാന്റെ ദർശനം ഉണ്ടായിന്ന് ഇത്ര ലാഘവത്തോടെ പറയണമല്ലോ ഇതിനു വേണ്ടി എത്ര പേര് ആഗ്രഹിച്ചു കൊണ്ടിരിക്കണു എന്നിട്ട് ഇത് കിട്ടിയെന്ന് വളരെ ലാഘവത്തോടെ പറയണമല്ലോ ഇപ്പൊ ഏകനാഥസ്വാമി പറഞ്ഞു അത്രേം സ്വാമി ഞാൻ എപ്പോഴെങ്കിലും ഈശ്വരനെ അങ്ങനെ ഒരു രൂപത്തിൽ കാണണം നിങ്ങളോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ രൂപത്തിൽ ഭഗവാനെ കാണണമെങ്കിൽ നിങ്ങളെ പ്രത്യക്ഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കണമല്ലോ സദ്ഗുരുവായിട്ട് പ്രത്യക്ഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മേലെ ഒരു പ്രത്യേകിച്ചൊരു രൂപം ശങ്കചക്ര കഥാപാണിയായിട്ട് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനുവേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടുമില്ല പിന്നെ അങ്ങ് കാരുണ്യം കൊണ്ട് കാണിച്ചു തന്നു പക്ഷെ ഞാൻ അതും നോക്കിക്കൊണ്ട് അവിടെ നിന്നാൽ ഇവിടെ വന്ന ആര് പാലുകാച്ചും ആരഭിഷേകത്തിന് വെള്ളം കൊണ്ടുവന്ന് തരും അപ്പൊ ഗുരു സേവ ആ ദർശനത്തിനും മേലെ എന്ന് കരുതി കൊണ്ടിരുന്ന ഏകനാഥസ്വാമി ഗുരു ആജ്ഞ കൊടുത്തു പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോ വീട്ടിൽ പോവാനും വിവാഹം കഴിച്ച് ഗൃഹസ്ഥനായിട്ടിരിക്കാനും ഒക്കെ ഗൃഹസ്ഥനായി വീട്ടില് ഗൃഹസ്ഥ ധർമ്മം ചെയ്യുമ്പോഴും ജീവൻമുക്ത പുരുഷൻ ജീവൻമുക്തനായ ഏകനാഥസ്വാമി ഗുരുഭക്തൻ സദാ ഗുരുധ്യാനം എന്തു പറഞ്ഞാലും ജനാർദ്ദന് അങ്ങനെയുള്ള ഏകനാഥന് ഒരു ദിവസം ന്യൂസ് കിട്ടി ജനാർദ്ദനസ്വാമി സമാധിയായി മഹാസമാധി എല്ലാരും പ്രതീക്ഷിച്ചു ഏകനാഥന് ഗുരുഗതപ്രാണനാണ് അങ്ങനെയുള്ള ഏകനാഥസ്വാമി കരഞ്ഞു നെല്ലൊളിക്കുന്ന വിചാരിച്ചത് ഒരു പൊട്ട് കണ്ണീര് പോലും വന്നില്ല ഒന്നും സംഭവിക്കാത്ത പോലെ ഇരുന്നു അത്രേം അപ്പൊ ഇവരൊക്കെ ചോദിച്ചു ഇന്ത് ഇതെന്ത് ഗുരുഭക്തി എല്ലാം ഗുരുവാണോന്ന് പറയണു സദാ ഗുരുവിനെ ധ്യാനിക്കണു എല്ലാം ഗുരുവിൽ അർപ്പിക്കണു എന്നിട്ട് ഗുരു മരിച്ചു എന്ന് പറയുമ്പോ ഒട്ടും കരയണില്ല കരയുന്നില്ലല്ലോ അപ്പൊ ഏകനാഥസ്വാമി ഒരു അഭംഗ് പാടിയത്രേ ആ അഭംഗത്തിൽ ഇത് വരുന്നുണ്ട് മരിക്കണ ഗുരുവും കരയണ ശിഷ്യനും അവർ ഗുരുവുമല്ല ശിഷ്യനും അല്ല മരിക്കണ ഗുരുവും അത് കേട്ടിട്ട് കരയണ ഒരു ശിഷ്യൻ എന്നുവെച്ചാൽ ഗുരു ഒരു തത്വം ശിഷ്യൻ ജ്ഞാനി ഗുരുവിന്റെ തത്വം ഗുരുതത്വം ആര് ശരിക്കും അറിഞ്ഞിരിക്കുന്നുവോ ഗുരു വ്യക്തിയല്ല തത്വമാണ് എന്നറിഞ്ഞാൽ തന്നെ അത് തന്നെ ഈശ്വര തത്വം ഗുരുതത്വം വേറെയല്ല ഈശ്വര തത്വം വേറെയല്ല ഈ ഗുരുതത്വം ഭഗവാൻ ആദ്യമേ ഉദ്ധവർക്ക് ബോധിപ്പിച്ചു ഉദ്ധവാ ഗുരു മനുഷ്യനാണെന്ന് മാത്രം കരുതരുത് മനുഷ്യബുദ്ധിയോടുകൂടെ ഗുരുവിനെ നോക്കരുത് ഗുരു ആത്മാവാണ് പുറമേക്കൊരു ഗുരു ഉപദേശിച്ചാൽ പോലും ഹൃദയത്തിലുള്ള ഗുരുവിനെ സദാ ആശ്രയിച്ചോളും ഹൃദയത്തിൽ ആത്മസ്വരൂപിയായി ഗുരു വർത്തിക്കുന്നു ആ ഗുരു അവസാനം ഈ ജീവന് ബ്രഹ്മോപദേശം ചെയ്ത് പരിപൂർണമായി സാക്ഷാത്കാരം ഉണ്ടാക്കും ഈ തത്വോപദേശം ഭഗവാൻ ഉദ്ധവർക്ക് കൊടുത്തു എന്നിട്ടാണ് ദത്താത്രേയന്റെ കഥ പറയുന്നത് ഇരുപത്തിനാല് ഗുരുക്കന്മാരെ വരിച്ച ദത്താത്രേയൻ നിമിചക്രവർത്തിക്ക് ഉപദേശിക്കുന്ന ഉപദേശം അദ്ദേഹത്തിന് ഇരുപത്തിനാല് ഗുരുക്കളാണ് ആദ്യം പഞ്ചഭൂതങ്ങള് സൂര്യൻ ചന്ദ്രൻ പൃഥിീവായുരാശം ആപോഗ്നിശ്ചി കജഗര സിന്ധു പതംഗോ മധുഗൃദ്ഗജ മധുഹാ ഹരിണോ മീനഃ പിളാകുരോർഭകുമാരീ ശരകൃത് സർപ്പ ഊർണാഭി സുശകൃത് എ ഗുരവോ രാജൻ ചുരുവിശതിരാശ്രിത ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ ഞാൻ ആശ്രയിച്ചു എന്റെ ദത്താത്രേയ മഹർഷി തത്വോപദേശം ചെയ്തു ഇങ്ങനെ ഇരുപത്തിനാല് ഗുരുക്കളുടെ തത്വം പറഞ്ഞ് പതിമൂന്നാം അധ്യായത്തില് ഹംസോവാക്യാന സന്ദർഭത്തിൽ ബ്രഹ്മോപദേശം സനത്കുമാരാദികൾക്ക് ഭഗവാൻ ഹംസമായിട്ട് വന്ന് ബ്രഹ്മോപദേശം ചെയ്തതും പറഞ്ഞു അതിലും ഈ പറഞ്ഞത് തന്നെ എതിദം മനസാ വാചാ ചുർഭ്യാം ശ്രവണാദിപി മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങള് കൊണ്ട് എന്തൊക്കെ ഗ്രഹിക്കപ്പെടുന്നു അഹമേവന മത്യത് ഇത് ബുദ്ധമഞ്ചസാണ് ആദ്യമേ സിദ്ധാന്തം ചെയ്ത് വെച്ചല്ലോ എനിക്കറിയാം ഏകാദശം ഇരുപത്തിനാല് ഗുരുക്കൾ മാത്രമാണെങ്കിൽ ഏകദേശം പറയാം പക്ഷെ ബാക്കിയുള്ള ഭാഗം പറയാൻ പുറപ്പെട്ട മഹാസമുദ്രം എവിടെയും തൊടാൻ പറ്റില്ല എന്നാലും പറയാ പറയണം എന്ന് നിശ്ചയിച്ചത് കൊണ്ട് മുഴുവൻ അഹമേവ ഭഗവാൻ പറയുന്നു ഇവിടെ ദ്വൈതം സങ്കല്പിച്ചാൽ ദ്വൈതം ഉണ്മയായിട്ടുണ്ടെന്ന് കരുതിയാൽ ദുഃഖിക്കേണ്ടി വരും ജഗത്ത് മുഴുവൻ എന്റെ സ്വരൂപമായിട്ട് കാണാം ഇത്രയും ഏകാദശത്തിൽ പലതും ഉപദേശിച്ചു ഭഗവാൻ അവസാനം ഉദ്ധവരെ ഈ തത്വോപദേശം ചെയ്ത് ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവാദരികാശ്രമത്തിലേക്ക് പോവാ ഞാൻ ഉപദേശിച്ചത് ഏകാന്തത്തിൽ ഇരുന്ന് ധ്യാനിക്കാം ഉദ്ധവരെ ഭഗവാനെ വീണ്ടും വീണ്ടും വീണ് നമസ്കരിച്ച് നമോസ്തുതയ മഹായോഗിൻ ുഷാതിമാം യഥാണാം മഹായോഗിൻ അവിടത്തേക്ക് നമസ്കാരം അവിടുത്തെ പാദപത്മത്തിൽ എപ്പോഴും രതി ഉണ്ടാവണം ഭക്തി ഉണ്ടാവണം അതിനനുഗ്രഹിക്ക എന്ന് പ്രാർത്ഥിച്ചു ഉദ്ധവർ പോയി ഈ ഏകാദശ സ്കന്ധം മുഴുവൻ ഉപദേശിച്ചു ഇതിന്റെ സാരം ഭാഗവതത്തിന്റെയും ഏകാദശത്തിന്റെയും ഒക്കെ സാരം കൺക്ലൂഷൻ നാളെ ഇവിടെ ബ്രഹ്മോപദേശം പറയാൻ പോദേശത്തിൽ നമുക്കിത് കാണാം ശ്രീ ശുഖബ്രഹ്മ മഹർഷി ഭാഗവതം മുഴുവൻ ഉപദേശിച്ചിട്ട് പരീക്ഷത്തിനോട് പറയുമ്പോൾ പരീക്ഷത്തെ ഭാഗവതം കേട്ടതിന്റെ പ്രയോജനം എന്താന്ന് വെച്ചാൽ ഞാൻ മരിക്കാൻ പോണു എന്ന് മാത്രം ധരിക്കരുത് എന്നാ ഭാഗവതം കേട്ടോ പ്രയോജനമില്ല ത്വം തുജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹീന ഞാൻ മരിക്കാൻ പോണു എന്ന് ധരിച്ചാൽ ഭാഗവതം കേട്ട ഒരു പ്രയോജനമല്ല അങ്ങ് ജനിച്ചിട്ടേ ഇല്ല പിന്നെ ഇവിടെ മരണം എന്നിട്ട് അവിടെ മഹാവാക്യത്തിന്റെ അന്തരാർത്ഥത്തിനെ ഒന്ന് സൂചിപ്പിക്കുന്നു അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മ അഹം പരമം പദം ഇവിടെ സൂചിപ്പിച്ച് പരീക്ഷത്തിനോട് പറയുന്നത് അഹം അഹം എന്ന് ഉള്ളിൽ ഏതൊന്ന് സ്ഫുരിക്കുന്നുവോ അത് ബ്രഹ്മമാണ് മഹാവാക്യത്തിനെ അങ്ങനെ വേണം പറയാൻ അല്ലാതെ അഭിമാനവാക്യമായിട്ട് പറയരുത് അഭിമാനവാക്യമല്ലാതെ അഹം ബ്രഹ്മ അതിനെ ഉറപ്പിക്കാനാണ് ബ്രഹ്മ അഹം എന്ന് രണ്ടും കൂടെ സൂചിപ്പിച്ചു അഹം അഹം ഞാൻ എന്ന് നമ്മളുടെ ഹൃദയത്തിൽ സദാ ഏതൊന്ന് സ്ഫുരിക്കുന്നുവോ അതിനെ അന്വേഷിച്ചു നോക്കണം അത് കയ്യോ കാലോ തലയോ വലതോ ആണോ കൈ മുറിഞ്ഞു പോയത് കൊണ്ട് ആർക്കെങ്കിലും കൈയില്ലാത്തവർ എത്രയോ പേരുണ്ടാവാം അവർക്ക് ഞാൻ എന്നുള്ളത് അല്പം കുറഞ്ഞു പോകണ്ടോ കാലില്ലാത്തവരുണ്ടാവാം അവർക്ക് ഞാൻ എന്നുള്ളത് അല്പം കുറഞ്ഞു പോകണ്ടോ ഇനിയിപ്പോ തലയില്ലാതായാലും ഞാൻ പോവില്ല ദക്ഷിന് തലയൊക്കെ മാറ്റി ആടിന്റെ തല വെച്ചു ഇന്ന് സയൻസ് അതൊക്കെ തെളിയിച്ചിട്ടുണ്ട് ഏകദേശം സാധ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണു ഇപ്പം കൊരങ്ങിലോ കൊരങ്ങുകളെയൊക്കെ വെച്ച് പരീക്ഷിക്കണോ അത്രേ തല മാറ്റാൻ നമുക്ക് നമ്മളുടെ തല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വേറെ തലയൊക്കെ വെക്കാം തലയും വസ്തുവല്ല ജഡമാണ് അതുകൊണ്ടാണ് ഇപ്പൊ സത്രത്തിലിങ്ങനെ നോക്കിയാൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാം ഉറങ്ങി ഇങ്ങനെ വീഴുണ്ടാവും അത് ചൈതന്യമാണെങ്കിൽ വീഴുമോ ഇവിടുന്ന് ഏതോ ഒന്ന് പ്രസരിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും അത് ഉള്ളിലേക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വീഴും അപ്പൊ തലയും സത്തയല്ല ഹൃദയത്തിനെ ഹാർട്ട് സർജറി ചെയ്യുമ്പോൾ കുറച്ചു നേരം നിർത്തണു നിർത്തിയത് കൊണ്ട് ആട് മരിച്ചൊന്നുമില്ലല്ലോ എന്നിട്ട് പിന്നെ ഇളക്കി വിടുന്നു സർജറി കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പോയില്ല അപ്പൊ ഇതൊന്നും ഞാനല്ല ഇതൊന്നും എന്റെ സ്വരൂപമല്ല അപ്പൊ ഞാൻ എന്നുള്ളത് കയ്യോ കാലോ തലയോ ഹൃദയമോ ധമനികളോ ഇതൊക്കെ കൂടിച്ചേർന്നതോ അല്ല ഇതൊക്കെ ഓരോന്നായി വേർ പിരിച്ചാലും ഞാൻ എന്നുള്ളത് ശരീരത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഉള്ളിൽ പൂർണ്ണ വസ്തുവായി നമ്മളൊക്കെ അനുഭവിക്കണം അതൊന്നു മാത്രമേ അനുഭവിക്കണുള്ളൂ ഇപ്പൊ ഇവിടെയൊക്കെ ഇരുട്ടാക്കിയാൽ നമുക്ക് അടുത്തുള്ളവരുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എഴുന്നേറ്റ് പോയോ എന്ന് അറിയില്ല പക്ഷെ ആർക്കെങ്കിലും അവനവനോ ഉണ്ടോ ഇല്ലയോ സംശയം വരുമോ എനിക്ക് ഒരേ ഇരുട്ടായിരിക്കണം ഞാനുണ്ടോ എന്നൊരു സംശയം ആർക്കെങ്കിലും വരുമോ നല്ലവണ്ണം അറിയണോ എങ്ങനെ അറിയും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അനുഭൂതി ഞാൻ ഉണ്ട് എന്ന് ഞാൻ അനുഭവിക്കണം ഇതിനാണ് ഭാഗവതത്തിൽ കേവലാനുഭവം എന്ന് പറഞ്ഞത് പ്രസൻസ് സന്നിധി ഞാൻ ഉണ്ട് എന്ന് അനുഭവിക്കണം അഹമസ്മി അഹമസ്മി അഹമസ്മി അപ്പൊ ആ അഹം ഞാൻ ഉണ്ട് എന്നുള്ളത് എന്താ അത് കയ്യോ കാലോ തലയോ ഒന്നുമല്ല ഒരു പക്ഷെ നമ്മളെ കൈ ഓപ്പറേഷൻ ചെയ്ത് എടുത്തിട്ട് ബോധം വരുമ്പോ വേദനയൊക്കെ മാറിയിട്ട് ബോധം വരുന്നു ഇരുട്ട് മുറിയിലാണ് ഇരിക്കണതെങ്കിൽ കൈ ഇല്ലാന്ന് പോലും അറിയില്ല നമുക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചാലേ അറിയുള്ളൂ സ്പർശം കൊണ്ടേ അറിയുള്ളൂ അപ്പൊ ഇതൊക്കെ ഇന്ദ്രിയങ്ങളുടെ സഹായം കൊണ്ട് അറിയപ്പെടുന്നതാണ് ഈ ഞാൻ എന്നുള്ള ഉണർവ് ഒഴിച്ച് ബോധമൊഴിച്ച് ബാക്കിയൊക്കെ ഇന്ദ്രിയങ്ങളോ മനസ്സോ വേണം എന്നാലേ ഉണ്ട് എന്നറിയാൻ പറ്റൂ ഇന്ദ്രിയങ്ങളോ മനസ്സോ കൂടാതെ അനുഭവപ്പെടുന്ന ഒരേ ഒരു അനുഭവമേ ഉള്ളൂ കേവലാനുഭവം അതാണ് കേവലാനുഭവ സ്വരൂപ പരമേശ്വര ഭഗവാൻ കൃഷ്ണൻ ജനിച്ച ഉടനെ വസുദേവൻ പറഞ്ഞു കേവലാനുഭവാനന്ദ സ്വരൂപ കേവലാനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം അതിൽ ദ്വൈത പ്രതീതിയേ ഇല്ല രണ്ട് ഞാൻ ഉണ്ട് എന്ന് ആർക്കും തോന്നുന്നില്ല ഞാൻ ഉണ്ട് എന്നുള്ളത് പൂർണാനുഭവം അതിൽ രണ്ടെണ്ണം ഇല്ല ആ ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ ഞാൻ ഞാൻ എന്ന് എന്തോ സ്കുരിക്കണമല്ലോ അതിന്റെ സ്വരൂപം എന്താ എന്ന് നോക്കിയാൽ അത് കയ്യ കാല് തല ശരീരം മനസ്സ് ബുദ്ധി ഒന്നുമല്ല ജാഗ്രതത്തിൽ ശരീരമുണ്ട് മനസ്സുണ്ട് ഞാനുണ്ട് സ്വപ്നത്തിൽ ശരീരമില്ല മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു അനേകം ചിത്രങ്ങൾ കാണപ്പെടുന്നു ഞാനുണ്ട് സുഷുതിയിൽ സ്വപ്നം പോലും കാണാതെയുള്ള ഉറക്കത്തില് ശരീരവും ഇല്ല മനസ്സും ഇല്ല ബുദ്ധിയും പ്രവർത്തിക്കണില്ല എന്റെ ഇപ്പോഴത്തെ ഈ വ്യക്തിത്വവും ഇല്ല പക്ഷെ ഞാനുണ്ട് അപ്പൊ ഈ ഞാൻ ശരീരമോ മനസ്സോ ഈ വ്യക്തിത്വമോ ഒന്നുമല്ലാതെ സത്താമാത്ര സ്വരൂപനായിട്ട് നിർവിശേഷനായിട്ട് നിൽക്കണം യു ആർ എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസ് മാത്രമായിട്ട് അസ്തിത്വം അഹമസ്മി എന്നുള്ള അനുഭവം ഉപനിഷത് വേദം തന്നെ അങ്ങനെയാ പറഞ്ഞത് അഹമസ്മി യോഹമസ്മി അഹമേവാഹമസ്മി അഹമേവാഹമസ്മി ഞാൻ ഞാൻ തന്നെ ഞാൻ ഞാൻ തന്നെ എന്റെ സ്വരൂപം ഈ ഞാൻ എന്നുള്ളത് എന്താണ് ഞാൻ എന്നുള്ളത് എന്താണ് എന്ന് ആരാഞ്ഞ് നോക്കിയാൽ ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം ഹി അഹമഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിലൊക്കെ പല സ്ഥലങ്ങളിലും ഈ അഹം എന്ന് ഏറ്റവും അടുത്തുള്ള വസ്തുവിനെ ആശ്ചര്യമായി പറഞ്ഞിരിക്കുന്നു ശ്രദ്ധിക്കാതെ വിടുന്നു നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു ഗാലാക്സി ഒക്കെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ അന്വേഷിച്ച് നടക്കുന്നു അണുവിലും ആട്ടത്തിലും ഒക്കെ പോയി അന്വേഷിക്കുന്നു എന്നിട്ടും ഇതിനെയൊക്കെ അന്വേഷിക്കണവനെ വിട്ടുകളയണം ഈ അന്വേഷിക്കണ തന്നെ വിട്ടുകളയണം അതാണ് അവസാനം സുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിന് കൊടുത്തത് എല്ലാ കഥകളും പറഞ്ഞു കൊടുത്തിട്ട് പരീക്ഷത്തെ പറഞ്ഞു ഈ കഥകളുടെ ഒക്കെ സാരം ഇതാണ് താങ്കളുടെ ഹൃദയത്തിൽ ഏതൊന്ന് സദാ നടനം ചെയ്യുന്നു അത് തന്നെയാണ് പരമേശ്വരന്റെ സ്വരൂപം ചിദംബരനടനം ചിദംബരനടനം നട ഭഗവാൻ ഉണ്ടെങ്കിൽ ചിദംബരനടനം ചിദംബരം എന്ന് വെച്ചാൽ ചിത്തംബരം എന്ന് വെച്ചാൽ ചിദാകാശം ഹൃദയാകാശ ഹൃദയാകാശത്തിൽ സദാ ബാലപ്പി ജാഗ്രതാദിഷ സർവാസു അവസ്ഥസ്വപ്പി വ്യവൃത്തസു അനുവർത്തമാനം അഹം അഹം അന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ ഭദ്രയാ മുദ്രയാ तस्मै श्री ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയെ ദക്ഷിണാമൂർത്തി വൈക്കത്തപ്പൻ ആരാണ് ഈ ഉള്ളില് സദാസ്ഫുരിച്ചു നിൽക്കുന്നു ബോധസ്വരൂപനായി അഹം എന്നുള്ളതിന് അഹങ്കാരം ഒരു രൂപം അഹം ബോധം ഒരു രൂപം നാരായണ ആത്മോപദേശ ശതകത്തിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു അഹമഹം എന്ന് ഉരൈപ്പതാരായുഗിൽ അഹമേ അകലും അഹന്ത അനേകമാകയാലി തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു അഹന്ത അകന്നിട്ട് അഹം പൊരുൾ തുടർന്നിടുന്നു അഹങ്കാരം വേറെ അഹം പൊരുൾ വേറെ അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവി ഭാവദർശനാ ആചാര്യസ്വാമികൾ മനോഹരമായി സുവ്യക്തമായിട്ട് പറഞ്ഞു സുഷുപ്തിയിൽ പോലും അത് ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നത് അഹം പദാർത്ഥം അഹങ്കാരത്തിനൊക്കെ സാക്ഷി അഹങ്കാരമൊക്കെ ജഡം ദൃശ്യം പക്ഷെ അഹം പദാർത്ഥം ഈശ്വരസ്വരൂപം പരമേശ്വര സ്വരൂപം വയ്ക്കത്തപ്പന്റെ സന്നിധിയിൽ അങ്ങനെ തന്നെ ഒരു ശ്ലോകം ഓർമ്മ വരും ബ്രഹ്മസൂത്രത്തിന് ശൈവസമ്പ്രദായത്തിലുള്ള ഭാഷ്യം ശ്രീകണ്ഠ ഭാഷ്യം അത് ആരംഭിക്കുമ്പോ ശിവനെ നമസ്കരിക്കുന്നു ശിവനെ എങ്ങനെ നമസ്കരിക്കണമെന്ന് വെച്ചാൽ ഗംഗാധരനായിട്ടോ ജടാധരനായിട്ടോ തൃശൂലധാരിയായിട്ടോ അല്ല നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെ നമോ അഹം പദാർത്ഥായ ഭഗവത്ഗീതയില് പുരുഷോത്തമൻ എന്ന് നമ്മൾ പറഞ്ഞു ഭഗവാനെ വ്യാകരണക്കാരെ നമ്മളെ എങ്ങനെ സഹായിച്ചു സംസ്കൃത വ്യാകരണത്തില് പ്രഥമപുരുഷൻ ത്വം അല്ല സഹ മധ്യമപുരുഷൻ ത്വം ഉത്തമപുരുഷൻ അഹം ഉത്തമ പുരുഷസ്ത്വന്യഹ പരമാത്മേത്തി ഉദാഹൃത എന്നുവെച്ചാൽ ഈ ശരീരത്തോടെയുള്ള അഹമല്ല ഇതിന്റെ പുറകിൽ അന്വേഷിച്ചു നോക്കിയാൽ ഈ അഹം അഹം അഹം എന്ന് സ്ഫുരിക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഞാൻ എന്താണെന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഞാൻ എന്നും ഈശ്വരൻ എന്നും പിളർന്നളവ് ജ്ഞാനദ്വയം അത് പോയി കിട്ടും അഹമേവ വിശ്വതനു ഈ ഞാൻ എന്നുള്ളത് തന്നെ വിശ്വതനു ഞാൻ എന്നുള്ളത് തന്നെ പരമാത്മ സ്വരൂപം അത് രണ്ടല്ല എന്നുള്ള അനുഭൂതി ഉണ്ടായാൽ സകല ശരീരങ്ങളിലും ഒരേ ആത്മ ഭീഷ്മ പിതാമഹന് അവസാനം ഈ സാക്ഷാത്കാരമാണോ ഉണ്ടായത് അഹം അജം ശരീരഭാജാം ഹൃദൃധിഷ്ഠിതമാത്മകൽപിതാനം പ്രതിദൃശമിവ നൈകദാർക്കമേകം സമധിഗതോസ്മി വിധൂത ഭേദമോഹ കൃഷ്ണനെ ധ്യാനിച്ചു ധ്യാനിച്ച് ഭീഷ്മരവസാനം കണ്ടു തം ഇമം അഹം ആ ഞാൻ ഏതൊന്ന് അതൊണ്ടോ ആ ബ്രഹ്മം എന്റെ ഉള്ളിൽ അഹമഹം എന്ന് സ്ഫുരിക്കുന്നു അജം അത് ജനനമില്ലാത്ത വസ്തു ശരീരഭാജാം ഹൃദി ശരീരമുള്ള എല്ലാവരുടെ ഹൃദയത്തിലും ആത്മാവായി ജ്വലിച്ചു നിൽക്കുന്നു സ്ഫുരിച്ചു നിൽക്കുന്നു ആത്മകൽപിതാനാം പ്രതിദൃശം ഇവ അജ്ഞാനം കൊണ്ട് ഓരോ ശരീരത്തിലും വേറെ വേറെ പോലെ പ്രതി ശരീരം ദൃക്കായിട്ട് വേറെ ഉള്ള പോലെ തോന്നണല്ലോ അത് വാസ്തവത്തിൽ അന്വേഷിച്ചു നോക്കിയാൽ വിധൂത ഭേദമോഹാണ് ഒരേ സൂര്യൻ നൂറുകൊടം വെള്ളത്തിൽ പ്രതിബിംബിക്കണ പോലെ ഒരേ ബ്രഹ്മം ഏകമേവ അദ്വിതീയം നേഹനാനാസ്ഥി കിഞ്ചന ഒരേ അദ്വൈതമായ ബ്രഹ്മവസ്തു അനേക ശരീരങ്ങളിൽ അനേക ജീവ ഹൃദയങ്ങളിൽ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കും ആ സ്ഫുരണയെ സാക്ഷാത്തായിട്ട് മറ നീക്കി അനുഭവിക്കണം ആ മറ കളങ്ക നീങ്ങാനായിട്ട് ഭഗവാന്റെ കൃപയില്ലാതെ സാധിക്കില്ല അതാണ് ഭക്തം ചേത്തോമലി വിധമേത്ത് ഗുണകർമ്മജാനി തസ്മ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാമലദോ സവിതൃപ്രകാശ ഭഗവാന്റെ പാദഭക്തി കൊണ്ട് ചിത്തം തെളിഞ്ഞ് സൂര്യനെ ആകാശത്തിൽ കാണുന്ന പോലെ നമ്മളുടെ ഉള്ളിൽ ആത്മാ പ്രകാശിക്കും ഹൃദയത്തിൽ സൂര്യതുല്യം ആത്മതത്വം പ്രകാശിക്കും അങ്ങനെ പരീക്ഷിത്തിന് അവസാനം പ്രകാശിച്ചു ഏഴ് ദിവസം ഭാഗവതം കേട്ട പരീക്ഷിത് അവസാനം പറഞ്ഞു സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ ഞാൻ ബ്രഹ്മനിർവാണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഭഗവാന്റെ അവിടുത്തെ കൃപ കൊണ്ട് പ്രവേശിച്ചിരിക്കണം എന്ന് ശരീരത്തിനെ താനല്ല എന്ന് തള്ളിക്കളഞ്ഞു ശരീരം ഞാനല്ല എന്റെ അല്ല എനിക്കു വേണ്ടിയല്ല ഞാൻ ശുദ്ധമായ ബോധസ്വരൂപം ബോധവസ്തുവായി പ്രകാശിക്കുന്നു ആ ബോധസ്വരൂപത്തിൽ രമിച്ചിരുന്ന് പരീക്ഷിച്ച് ശരീരത്തിനെ തക്ഷകനു കൊടുത്തു ്രഹ്മഭൂതനായ മഹായോഗിയുടെ ശരീരത്തിനെ തക്ഷകൻ ഒരു അച്ഛന്റെ ശരീരത്തിനെ ദഹിപ്പിക്കേണ്ട കർമ്മം അങ്ങോട്ട് ചെയ്തു വന്നിട്ട് പാദത്തിൽ ദംശിച്ചു ദശന്തം തക്ഷകം പാത ലേലിഹാനം വിഷാനനൈഹി ന ദ്രക്ഷ്യസി ശരീരം ചെ വിശ്വം ചെ പൃഥക് ആത്മന പരീക്ഷത്തിന്റെ സ്ഥിതി എന്താന്ന് വെച്ചാൽ ആത്മാവോ കടിക്കുന്ന തക്ഷകനോ കടിക്കപ്പെടുന്ന ആ ശരീരമോ ഈ പ്രപഞ്ചമോ ഒന്നും തന്നെ ഈശ്വരനിൽ നിന്നും അന്യമല്ല സർവം വാസുദേവ സ്വരൂപം ഈ അനുഭൂതിയാണ് ഭാഗവതത്തിന്റെ ഒക്കെ ലക്ഷ്യസ്ഥാനം ഒരു ഓട്ടപ്രദക്ഷിണം പ്രത്യേകിച്ചൊരു ഒരു ചിട്ടയൊന്നും ഇല്ലാതെയാണ് പറഞ്ഞത് പക്ഷെ എങ്ങനെ പറഞ്ഞാലും ശരി വസ്തുസ്ഥിതി ഇതാണ് ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട് സദാ ഞാൻ ഞാൻ എന്ന് സ്ഫുരിച്ചു നമ്മളുടെ ഞാൻ എന്താണ് ഞാൻ എന്ന് സ്ഫുരിക്കണത് എന്താണ് എന്ന് അറിഞ്ഞാൽ തന്നെ സർവേശ്വരനെ കണ്ടെത്തി അതിന് നമുക്ക് ഭഗവാന്റെ കൃപയില്ലാതെ സാധിക്കയില്ല ആ കൃപ ഭഗവാൻ നമുക്ക് ചൊരിഞ്ഞ് നമ്മളുടെ മനസ്സൊക്കെ അന്തർമുഖപ്പെട്ട് സൂക്ഷ്മമായി ഈ സ്ഫൂർത്തിയെ സ്ഫുരണയെ ഗ്രഹിക്കാൻ പക്വപ്പെടട്ടെ അങ്ങനെ പക്വപ്പെട്ട് ജഗത്ത് മുഴുവൻ വാസുദേവ സ്വരൂപമായി കണ്ട് സകല പേരോടും പ്രേമം സകല പേരോടും സ്നേഹഭാവം സമദർശിത്വം ശാന്തി ഉണ്ടായി ഭാഗവതോത്തമന് എന്തെന്ത് ലക്ഷണങ്ങളൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ പ്രകാശിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ അത്തരത്തിലുള്ള ഭാഗവതോത്തമനാണ് ശ്രീ പരമേശ്വർ അതുകൊണ്ടാണ് വൈഷ്ണവാനാം യഥാശംഭുഹ് അദ്ദേഹം വെറുതെയല്ല ഐക്യത്തില് ഇങ്ങനെ ഗംഭീരമായി ഭാഗവത സത്രം നടത്തുന്നത് അദ്ദേഹത്തിന് ഭാഗവതം കേൾക്കാൻ എത്ര രുചിയുണ്ടോ അത്ര രുചിച്ച് ആരും കേൾക്കില്ല ഭാഗവതം അത്ര രുചിച്ച് ഭാഗവതം കേൾക്കും പരമേശ്വരനും ഭാഗവതം പറയും ചെയ്യും പാർവതി കല്യാണം കഴിഞ്ഞ് ആദ്യ പാർവതിയെ പിടിച്ചു ഭഗവാൻ ഭഗവത് കഥ പറഞ്ഞു കൊടുത്തു എന്നാണ് അപ്പൊ അവർക്ക് ഭാഗവത് കഥ പറയലാണ് മദ്വാർത്താ യാതയാമാനാം നായ ഗൃഹാമതാ ഗൃഹസ്ഥന്മാരാണെങ്കിലും സദാ ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ട് സദാ രമിച്ചുകൊണ്ടിരുന്നാൽ ന ബന്ധായ ഗൃഹാമതാഹ ഗൃഹസ്ഥാശ്രമമൊന്നും നമ്മളെ സ്പർശിക്കുകയില്ല ഗൃഹസ്ഥാശ്രമമൊന്നും അടുത്തുകൂടെ വരില്ല ഭഗവത് കൃപ കൊണ്ട് ഭാഗവതന്മാരായിട്ടുള്ളവർക്ക് ഭാഗവതം കയ്യിലെടുത്താൽ ഗൃഹസ്ഥാശ്രമം ഇല്ല ഒരു ഭാഗവതൻ പറഞ്ഞു ലൗകികന്മാരോട് പറഞ്ഞു ലൗകികന്മാരൊക്കെ ഒരു കൂട്ടം ഞങ്ങൾ വേറെ കൂട്ടം അർത്ഥകാമപരായൂയം നാരായണപരാ വയം തസ്മാത് സർവേഷു കാലേഷു യൂയം യൂയം വയം വയം ഞങ്ങൾക്ക് മായാബന്ധനം ഒന്നുമില്ലാന്ന് പറയാൻ നമുക്കല്ലേ ഭഗവാന്റെ കൃപ ഉണ്ട് ഭാഗവതം പറയുന്നു എന്തു മായാബന്ധം ഒരു ബന്ധമില്ല ഇവിടെ ഈശ്വരൻ അല്ലാതെ മറ്റൊരു ഭഗവാനേ ഗത്തി ഭഗവാൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കുറച്ച് നേരത്തേക്ക് തോന്നിയിട്ടും പറയും ഈ ശരീരമൊക്കെ കുറച്ചു കാലം നിൽക്കും എന്നെങ്കിലും ഒക്കെ തക്ഷകൻ ഈ ശരീരത്തിന് കാണുന്ന ശരീരങ്ങളെ ഒക്കെ കടിക്കും തക്ഷകൻ എന്ന് പക്ഷേ സ്വരൂപത്തിനെ തക്ഷകൻ സ്പർശിക്കില്ല സ്വരൂപം മമൈ വംശോ ജീവലോകെ ജീവഭൂത നിന്ന് വേർപെരിഞ്ഞ് നിൽക്കില്ല ആ സ്വരൂപം ഉണ്ടായി പരിപൂർണമായ ശാന്തി അചഞ്ചലമായ ശാന്തി പരാശാന്തി പരാഭക്തി നമുക്കൊക്കെ സിദ്ധിക്കാൻ ശ്രീശുഖബ്രഹ്മഹർഷി അനുഗ്രഹിക്കട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വയ്ക്കത്തപ്പൻ്റെ പാദപത്മങ്ങളിൽ നമ്മളിത് അർപ്പിക്കുന്നു ഇവിടെ ദിവസം രാത്രി നാമസങ്കീർത്തനമുണ്ട് നാമജപമുണ്ട് രാത്രി മുഴുവനും അല്ലെ രാത്രി മുഴുവൻ അഖണ്ഡമായിട്ടുള്ള സങ്കീർത്തനം ഇവിടെ ഉണ്ട് ആ സങ്കീർത്തനത്തിൽ എല്ലാവരും ചേർന്ന് നാമസങ്കീർത്തനം ചെയ്യണം ഭാഗവതം തന്നെ പറയുന്ന മാർഗ അതാണ് ശൃണ്വൻ സുഭദ്രാണി രഥാങ്കപാണേഹേ ജന്മാനി കർമാണി ചാനിലോകെ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേതസംഗ അങ്ങനെ സങ്കീർത്തനം ചെയ്ത് നർത്തനം ചെയ്യണമെന്നാണ് അപ്പൊ അങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കാനും സങ്കീർത്തനം ചെയ്യാനും ഭക്തന്മാരൊക്കെ രാത്രി ഇവിടെ ഉണ്ടാവണം എന്ന് സത്രസമിതിയുടെ പേരിൽ നിങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഇത്രയും നേരം കേട്ട എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവത് പ്രകാശം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ശ്രീ പരമേശ്വരന്റെ പാദത്തിൽ അർപ്പിക്കുന്നു ഹരനമ പാർവതീപതയേ ഹരഹര മഹാദേവ ആചാര്യസ്വാമികളുടെ ഗോവിന്ദാഷ്ടകം ഒരു മൂന്ന് ശ്ലോകം ചൊല്ലാം എല്ലാരും കൈ ഒയർത്തി കൊട്ടി സങ്കീർത്തനം ചെയ്യും സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ട്രാങ്കണരിംഗണലോലമ പരമായാസം ുവനാരം ക്ഷഥമ പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം paramanandam govindam, ോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദമത്സീതിയശോധ താടനശൈശവസന്സം വ്യാദവക്ലോകോകോകർദോ ോകത്രയപുരമൂലസ്തംഭം ലോകോകമോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ിന്ദം പരമാനന്ദം പുരാ കുറച്ചുകൂടെ ഉറക്ക പറയണം എനിക്ക് കേൾക്കണില്ല അവിടെ ഗോപാലം ഭുവി ലീലാ വിഗ്രഹ ഗോപാലം കുലഗോപാലം ഗോപീഖേലന ഗോവർദ്ധനധൃത ലീലാലാളിത ഗോപാലം ഗോപിൻ നിഗതിത ഗോവിന്ദസ്ഫുടനാമാനം ബഹുനാമാനം ോധീ ഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജഗോവിന്ദം പരമാനന്ദം ഭന്റെ സന്നിധിയായിട്ട് ഉണ്ട് രചിച്ചിട്ടുള്ള മാർഗബന്ധു സ്തോത്രം കൂടെ ചൊല്ലാം അതും കൂടെ എല്ലാരും കൂടെ ചേർന്ന് ചൊല്ലണം ആദ്യം എന്റെ സങ്കീർത്തനം ചൊല്ലിത്തരാം ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേവദേവേശ ശംഭോം ശംഭോ മഹാദേവദേവാ ശംഭോ മഹാദേവദേവാ ശിവംഭോ മഹാദേവദേവേശ ശംഭോം ശംഭോ മഹാദേവദേവാ ്രിരീടം ഫാള നേിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലഹതാരാതികൂട്ടുദ്ധവക്േന്ദു ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവ അംഗേ വിരാജുജംഗ്രഗംഗാ തരംഗാഭിരാമോർത്തമാകാരണീകുരംഗം സിദ്ധ സംസേവിതേ മാർഗന്ധു ശംഭോ മഹാദേവേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവ ർപ്പർപ്പനീശം കാളകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദന്തം സുരേഷ കോട്ടസൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദേവാ ശിവംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാ നിനന്ദശേഷോകേശ വൈരി പ്രതാ കർത്തസ്വരാഗേന്ദ്രചാ കൃത്തിവാസം ഭജേ ദിവസന്മാർഗന്ധു ശംഭോ മഹാദേവദേവ ശിവ ശംഭോ മഹാദേശ ശംഭോ ശംഭോ മഹാദേവദേവ മന്ദഭൂരുദാരം ൗര് ദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാ ായ തപസ്വാധ്യായ നിരതമായ ആചാര്യവചസ്സുകൾ ശ്രവണാദികളിലൂടെ സ്ഫുടം ചെയ്തെടുത്ത ഈ ജ്ഞാനപ്രവാഹത്തിന് യോഗീശ്വരനായ ഭഗവാൻ ശ്രീ രമണ മഹർഷിയുടെ അനുഗ്രഹവും ധന്യമായ ഈ സാന്നിധ്യത്തിന് നമ്മൾ ഓരോരുത്തരും നൊച്ചൂർ എൻ എസ് വെങ്കട്ടരാമൻ അവർകൾക്ക് പ്രണാമപൂർവ്വം സത്ര നിർവഹണ സമിതിയുടെ കൃതജ്ഞതയും പ്രണാമങ്ങളും അർപ്പിക്കുന്നു അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുന്നതിന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശ്രീ കെ എസ് രാധാകൃഷ്ണൻ അവസ്ഥ സവി